അപ്പോ രണ്ട് കോഷാദിഹ് പറയട്ടെന്തിനൊന്നും പറയട്ടെ വമാമിൻ ഇരുമിൽ ഒരറ്റ ഇരുമില്ല ഏതെങ്കിലും അവസരത്തിൽ അത് വേണ്ടാന്ന് നോക്കാൻ പറ്റി ഇരുമേയുള്ളൂ എന്ത് പഠിച്ചാലും ചിലപ്പോ എന്തൊക്കെ വേണ്ടാന്ന് നോക്കാം ഇസ്തകനാണ്ട് എങ്കിലും ചോദിച്ചു إلا التصوفين المعيه هذا جيب الوكتين للهي اللي يلمبه النوات المعيه لفراو استغنا وعادت كيف عقد من الأوقات ويأتش وقتلهم تصوفين المعيه تصوفين المعيه نزاوي فريم صدقوا التواجه إلى الله إذا كنت تتعلم ورحمة عطا عطا عطا عطا عطا عطا عطا عطا صدقوا التواجه إلى الله الله نكو اللي لكا اواجه عند السيدكو അതാണ് ഇവിടെ സസൂഫിന്റെ കാതിരി അത് ഒഴിവാക്കി അപ്പോ ഇഖ്ലാസ് കൊണ്ട് പോയി ഇഖലാസ് പോയാ അങ്ങനെന്തുണ്ടായാലും കേടായി ഇപ്പം ചാടാൻ പറ്റൂല്ലേ നമ്മുടെ തന്നെ വന്നിരിക്കും ഏത് സാധനം പാടാൻ നോക്കാം കരണ്ട് ഏത് അവസരത്തിനും പാടാന്ന് വെച്ചാൽ നമ്മൾ ചൂട് കൊണ്ടുപോയാലും ഇനി ലുഹൂർ തമറാത്തിനെ പറയാ അതല്ല മൂന്നാം നമ്പർ അതിനെപ്പറ്റിയാണ് നാദിമ് നമുക്ക് ഇത്രയും പറയുന്നത് മറ്റേ രണ്ടു മുപ്പറും വയസ്സില്ല ൽ ഫി ഈ രണ്ടാമത്തെ ഫസ്ലിൽ അതാണ് അൽ ഫസുസാനി ന്ന് പറഞ്ഞതായി സമർത്ഥിഹിന്ന് കൈതോർക്കണം വാവി എല്ലാം ഒന്നുമല്ല അതെന്തല്ലാന്ന് ഇപ്പൊ അസറോ ഏ മുസന്നിഫ്രീന്നാണ് ഇതിന് അസറാഖി ഫീസിൽ ആറ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നമ്മൾ നല്ല ക്ലാസ് ആണല്ലേ ഷാരീദി ലീ അല്ല പോലും ഒന്നാമത്തത് മാറഅീമീ എത്തിതൊന്നു തന്നെ നമീസൊല്ല അലിഹി തങ്ങളെ എത്തിബ ചെയ്യുക അതിന്റെ കൂപത്ത് ഐത്തിബാദ കൊണ്ടൊരു കൂപത്തിൽ മാത്രമല്ല കഠിനമായിരിക്കുന്നതാണ് അവർക്ക് ഒരാണു അളവ് വ്യതിചരിക്കാനോ സമ്മതം വരില്ല ഇത് അവരെ പ്രകടമാകുന്നുണ്ട് ഇത് അവരെ ഇൽമിന്റെ ഒരു പ്രതിയത്ത കണ്ടത് ബാധ്യാ ഹത്താനി രണ്ടാമത് മാതാനി വളരെ മധുഹബ്ബല്ല ഒറ്റ മതഹബ്ബാണ് കൂടുതലും അതുഹബ്ബൊന്നും ഇല്ല എന്നാ ബാക്കി എല്ലാത്തിനു തച്ചു പിരിയല് വരെ ഉണ്ട് പിരിയാത്ത വളർച്ച ആരെങ്കിലും ഉണ്ടോ എല്ലാം തച്ചുപേരിട്ട് രണ്ടും രണ്ടാ ചെയ്ത് രീതിയിട്ട് എല്ലാം കൂടെ തിരിയലുണ്ടല്ലോ ഇത് കണ്ടു ഇങ്ങോട്ട് തച്ചു പേര് സമയം വേണ്ടിയും കാണാനില്ല ഇഷ്ടാക്കില്ല ജഹ്വാനികളാക്കി മാത്രമേ കാണൂ എന്ന ചേക്ക് സാധ്യത രീക്കത്തിൽ വേറെ മൂലർക്കിയും വേറെ ശേഷം നമ്മുടെ ശേഷം മൂലർക്കാതെ പാർട്ടിന്നുണ്ടെങ്കിൽ അത് തറിയാവാക്കാൻ വേണ്ടി ആരും ഉണ്ടാക്കിന്ന് വെക്കണോ അച്ഛനങ്ങനില്ല പണ്ട് ചാദത്തിലേക്ക് തനിക്കാൻ വേണ്ടി അരിക്കാകില്ല അപ്പത്തൊന്നും അടി ഇറങ്ങിയിട്ടില്ല അപ്പ കേരളത്തിൽ തന്നെ അതെന്തല്ലാതെ അതിന്റെ അസിലല്ല അത് സടിഹമാക്കു വേണ്ടിയിട്ടുള്ള പച്ചസാദായിരിക്കും കിട്ടണമെന്നുള്ള ആനുകൂല്യം കിട്ടി തർക്കാന്ന് വെച്ചാൽ തീർന്നു പിന്നെ വഹസ്മിൻ ഖിലാഫി ഖിലാഫ് പച്ച മുറിച്ച് പറഞ്ഞിരിക്കുന്നു വണ്ണിതായും കഴിഞ്ഞു ഓരോ തർക്കത്തിന്റെ വകുപ്പുമില്ല എല്ലാം തീർന്നു മൂന്നാമത്തത്മാരസിയായ കടാമത് ഓർക്കേണ്ടത് മഴവെയ്യായ കടാമത്വുണ്ട് എസ്ഇ ആ കറാമത്ത പണ്ട് പറഞ്ഞ അതായത് വെള്ളത്തിലും നടക്കല് കാറ്റത്ത് പറക്കല് ഇവിടെ കണ്ടാളെ അപ്പം കാണുന്നുണ്ട് ഏഹ് അങ്ങനെ പറയാ സവാദിക്കില്ലാത്ത എസ്ഇ കരാമത്ത് മായമീന്ന് പറയുമ്പോ നക്സിനെ പിടിച്ചൊതുക്കല് ദേശീയത്തിനെ ദേശത്തിനെ പിടിച്ചിട്ട് കുറേ ഇമലാക്കിട്ട് അതിനനുസരിച്ച് ഇളകാനും നിൽക്കുക അതിന്റെ പ്രതീക എന്നല്ലോ നിരിപ്പോ തന്നെ ഇരിക്കുക എന്നുള്ളത് നെരിപ്പൊക്കെ സഞ്ചരിക്കുകാണില്ല ഇപ്പൊ അതാ സാധനം നെരി എന്ന് പറഞ്ഞ മനുഷ്യനെ മറ്റൊരാളെ പിടിച്ചു സിംബാന്റെ സ്വഭാവമാണ് ആ സിബാഹിന്റെ സ്വഭാവത്തിന് ഞാൻ ഒതുക്കി എന്റെ പുറത്ത് കയറിയിരിക്കുന്നു അതിന്റെ മൂഖു കാര്യം ഞാനെടുത്തിരിക്കുന്നു അതിന്റെ അർത്ഥം പക്ഷെ ഞാൻ ആരോ കുടിക്കൂല മാനവിന തൊട്ട് ആശ്വസായി സങ്കല്പിച്ചത്രിക കാണുന്നു അതായാലും അതിന് അഹമ്മദ് ഉൽപാദു സുഹന്ധിമാൻ കൊടുത്തത് റോഹിന്റെ തപ്പവറാണെന്നാണ് അതായത് റോഹിന് ഇനി വിഷം വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ലോകത്തിന്റെ മറ്റൊരു അത് വരെ കാരണം പ്രകാശ സാധാരണ പ്രകാശല്ല സാധാരണ തോർച്ചടിക്കുന്ന പ്രകാശായാൽ തന്നെയും ഒരു ലക്ഷത്തി സെക്കൻഡിലെ വേഗത ഇത് ഒരു പ്രത്യേക ദൂറാണ് അപ്പോ ഒരു ലക്ഷത്തോട് തീരൂല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം എന്ന് പറയുന്നത് ഭൂമി ഏഴുവട്ടം പ്രദക്ഷിണ ശരിയാവുന്ന ദൂര ഭൂമിയുടെ ചുറ്റളവ് ഭൂമി വളത്തിന് ചുറ്റളവ് എടുത്ത് നോക്കിയാൽ കിട്ടുന്നതിന്റെ ഏഴ് കുടിച്ചാൽ കിട്ടുന്ന അളവാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അപ്പോ ഭൂമി ഇങ്ങനെ കുളം എടുക്ക ഇനി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കിലോമീറ്റർ നീളത്തിലുള്ള ഒരു ചരട് കിട്ടുക ഒരു വയറി ചൊക്ക എന്നിട്ട് അതിന്റെ ആകാശ രണ്ട് പോയിന്റ് ഉണ്ടാവില്ല ഇവിടെ ഒരു ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കരണ്ട് അല്ലെങ്കിൽ പ്രകാശം ഒരു സെക്കൻഡോട്ക്കിട്ട് പൂർത്തിയാക്കും സെക്കൻഡോ കാരണം തന്നെ അപ്പൊ റോഹിന്റെ സഞ്ചാര വേഗന എത്രയാണെന്ന് അപ്പൊ കണ്ട റോഹിൻ നിമിഷം വെച്ചിട്ട് മക്കത്തെത്തണമെന്ന് ചോദിച്ചാൽ പ്രശ്നമില്ല ഊഹ ഈ ഊഹ ഉണ്ടായിന്നറിയോ രസത്തിന്റെ കൈയിലെടുത്തു ഏതോ ഹൈഡ്രോവിക് മിഷീന്റെ പവർ ഈ ടണ്ണ് കിടക്കിന് തൂക്കമുള്ള യാത്രക്കാരെയും വാഹനവും ചരക്കും കെട്ടെല്ലാം ഹൈഡ്രോളിക് മെഷീന്റെ പവർ കൈയിലെടുത്ത വിമാനം പോകുന്നു ഭൂമിയുടെ ഗുരുത്താകർഷണം അഭിനയിച്ചു അപ്പൊ റോഹം എന്താക്കി രോ ശരീരത്തിന് ഒതുക്കിയപ്പോ ശരീരത്തിന് കയ്യിലെടുത്തിട്ട് അറ്റ പോക്ക ബു നമ്മക്കെന്താന്ന് ശരീരം എന്തെങ്കിലും ഓഹൻ ഇങ്ങോട്ടും ഇരിക്കുക കാരണം ശരീരം ലോഡ് കുറച്ചോട് നീങ്ങുന്നില്ല തടിനോടുള്ള ഹബ്ബ് തുന്നയിന്റെ ഭാരം കുടിച്ച ഭാരം എല്ലാം കൂടെ നോക്കുമ്പോഴേക്ക് ഭൂമിയിൽ നീങ്ങാൻ ഇണ്ടില്ല ഈ ചില നൂറ്റം ചോരോണ്ടി നീങ്ങുന്ന കഴിച്ചോ അവിടെ തന്നേക്കായി പോകും റോഡങ്ങനല്ല ഇവിടെ റൂ ശരീരത്തിനെ പട്ടിണി എടുത്ത് നൈഫാക്കി ആക്കിയാക്കി കനം കുറച്ച് ഭാരം പിടിക്കും റോഹിനെ ശക്തിപ്പെടുത്തുമ്പോ റൂഹിട്ടുണ്ടോ പോയി എത്ര ഭൂമി മുഴുവനും പിരിക്കണെ റോഹിനി ലേല കൊണ്ടു ജീവിത ഇസ്ലാമ് ഭൂമി മുറിച്ച് ചെലവണ്ണം കൊച്ചിട്ടെന്ന് പറഞ്ഞില്ലേപ്പാ പിന്നെ എഴുപത് കിലോ തൂക്കുള്ള ഈ ചടി വന്നിന് നമ്മൾ തൂക്ക എന്റെ തൂക്കിട്ട് എഴുപത് കിലോന്ന് ഒരു കിഞ്ചരായില്ല കോടാനു കോടി പിന്നൊരു തൂക്കുള്ള നാടാണ് ചൂരുള്ള ബേസരാകുമ്പോൾ ചെറു കൊണ്ടിങ്ങനെ അപ്പം എടുത്തിട്ട് പിന്നിട്ടത് അപ്പൊ റൂഹാനി ആ എന്നാണ് അവിടെ വരുന്നാണ് അഹമ്മദുൻ ഫാറൂഖ് സറഹന്ദ്രി ഇമാമ അത്തോ ഭാഗത്തിന് വളരെ വ്യക്തമായിട്ട് അങ്ങനെ ഇവിടെ കണ്ടാലും നാൽപ്പത് കൊണ്ട് അറുപത് സെന്റത്താലും ഒരു സെക്കൻഡ് കൂട്ടിക്കോ വരച്ച ജസതം ഒന്നും അറുപത് സെക്കൻഡാണ് ഒരു മിനിറ്റ് അപ്പൊ ഒരു മിനിറ്റ് കൊണ്ട് എന്താ അറുപത് സെക്കൻഡ് ആണ് നാൽപ്പതിനെ വിട്ടല്ലോ ഫോൺ ചെയ്താണോ പറഞ്ഞ നിങ്ങൾ സങ്കല്പന്നെയാ പറയുന്നത് പറയാഴ്ച തെളിവിനില്ല ആദ്യം ഫോസോനുസ്ലിം ആദ്യ കൊണ്ട് തെളിവിനില്ല പല അന്ധവിശ്വാസം കൂടുണ്ടാകും ഞാൻ അതിനാട്ടവിടെ ഇമാമിന്റെ കോല ഞാൻ പറഞ്ഞത് അഹമ്മദുൽ ഫാറുദ്ധ ഇമാമിന്റെ കോല ഞാൻ പറഞ്ഞത് പ്രസാദിമാൻ ഓര് ജത്തത് ഒരേ ആളിൽ മറ്റേ രണ്ട് സ്ഥലത്ത് കാണപ്പെടുക അത് മൊഹാലി നൂപ്പർ എന്ന് മൊഹാലി മിസാൽ ആക്കി എന്താണ് രണ്ട് സ്ഥലത്ത് എന്നത് മൊഹാൽ അഖിലിയായ മൊഹാലി എന്ന നോപ്പർ മിസാൽ അഖിലേ തന്നെ എല്ലാം അതിനെ മനസിലാക്കി കാര്യം കഴിച്ചു നോക്കണം ഇപ്രാത്തം പറ്റില്ല തഹരിത്തും പറ്റൂല അത് നോമ്പിനാഘോഷിച്ചിട്ട് പോയിട്ട് അപ്പുറത്തും വലിയാത്തല്ല നോമ്പറഞ്ഞല്ലേ ഒന്നും മുറിഞ്ഞൊന്നു തുറ നോമ്പ മുറിച്ചില്ല അപ്പൊ ഇവിടുന്ന് കാരൊക്കെ നോമ്പ് മുറിഞ്ഞില്ലേ ഇങ്ങനെ മുറിച്ചാന്ന് നോക്കില്ലല്ലോ അപ്പൊ രണ്ടു കൂടി ഷാമിലാക്കുക നോമ്പ് തുറക്കൽ എന്ന് പറഞ്ഞാൽ മുറിക്കൽനെയും തുറക്കൽ ഷാമിലാക്കുന്ന ഇമാരത്തിലാക്കാം ചൊരുതയ്ക്കുന്നു മുറിച്ചും മറ്റു വയ്ക്കുന്നു തുറന്നു അമ്മക്ക് പോലീസില്ലാതല്ലേ ഞാൻ പറയുന്നു ഇല്ല നാലാമത് മാതഹിം അവർന്നൊരു പ്രകടമായ ഒന്നെണ്ണ മീൻ തപഹീര് ജവാദിമിന് ദുരൂബ് തല തൊട്ടെല്ലാം ഓർക്ക് വാടക ശുദ്ധ്യം വേറെ അറ്റ കറാഹത്ത് വരിക അത് മറ്റില്ല ഇതിന്റെ ശക്തമായി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു ആദിമനം എന്ന് പറയും എല്ലാ ഓരോ എല്ലാ അവസരത്തിലും അതുണ്ട് അങ്ങനെ പറഞ്ഞുകൂടാ പണ്ടേ മൂപ്പറ പറഞ്ഞു മാസവും ഉണ്ടാകാം എന്നിട്ട് ഉടനെ പ്രോബാ ചെയ്ത് പിന്തിരിയും എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനും ആദിമീന്ന് കൈകൊടുത്തത് അവരിൽ പ്രകടമായ ഒന്നാണ് തഹസേക്ക് അക്കായി അത് ശരിക്ക് തഹസീക്കാക്കുക അപ്പൊ തക്കറിയിൽ നിട്ടു തക്കറിയിൽ തഹസേക്ക് ഉണ്ടാവില്ല തക്കരീൽ നിന്ന് വിട്ട് തഹസീക്കാമുണ്ടാക്കും ദലീൽ കൊണ്ട് തുകൂത്താക്കല് ഒന്നാ തഹസീക്കെന്ന് പറഞ്ഞാലേ ദലീൽ കൊണ്ട് ദലീല് കൊണ്ട് കുവത്താക്കിയ ലീട് കൊണ്ടിട്ട് ഇൽമുൽ യക്കീൻ യക്കീലായിട്ട് പറഞ്ഞുള്ളത് പോരാതെ നമുക്ക് എന്തുവേണം അതാണ് ഇത് യക്കീനാൽ അവർ ഉയരുന്നു ഇതാ മക്കാമിൽ മക്കാമിലേക്ക് കാൻലക്കത്തോറാവുന്റെ മക്കാണല്ലോ ഇത് ഇഹ്സാന്റെ മക്കാമിൽ രണ്ടു കാനക്കത്തോറാവുണ്ട് ഫൈനോ ജറാഖിയുണ്ട് നമ്മങ്ങോട്ട് കാണുമ്പോൾ എന്നുള്ള മുഷാദ നമ്മോട്ട് കാണുന്നില്ല അപ്പൊ ചെറിയ ഹിജാബ് ബാക്കിയുണ്ട് എന്നാൽ അങ്ങ് ഇങ്ങോട്ട് കാണും എന്നുള്ള ആ ബോധമാണേത് മൊറാക്കബിയിലുണ്ടാവുക അത് രണ്ടോയിക്കോട്ടെ അതാണേത് സുഹൃത്താൻ നോക്കാമേക്ക് അധികം തറക്കി ഹിന്ദു കൂട്ടിക്കൊടുത്തത് ഇല്ല വിവാഹത്തിന്റെ അതോടൊപ്പം ആസീൻ ആലമി റബുൽ കൊണ്ടുള്ള దల్లా ఫి కతం యకీన్ మల్లఫ్రి ఫిల్బుతు అదిన లాజిమై యర్న సాధన అబ రబ్బుల్లాహి అమీన్ ఆ ഒന്നാമత ఉండాలి ఇజ్కిల్ యకీన అన్న యకీన కోట చేత అవలమరత ఉండాలి ఇజ్కిల్ యకీన అన్న అదిన అన్న యకీన్ లేంగ యా మావరాయిల్ల ఉండొను యకీన్ ఉండవు దవా చేద బోర్ కళ్ళతలోనే గుర్కును అదా మకాది రబ్బిల్లాహి ఏయ్ పర్నదు ഉമ്മാന്റെ അടിത്തട്ടി ഉമ്മ ഗർഭാശയത്തിലായിരിക്കുന്ന അവസരത്തിൽ പോലും ആസ്വദിച്ച സാധനമാണ് ദിവസം മൂന്നും നാലും നേരം ആസ്വദിച്ച വസ്തു ആണ് ഇത് ലിസുക്ക് ഓരോ സത്യനും ശ്വാസോശ്വാസം നിൽക്കുന്നത് അതിന് ഇതുക്കാം നിസുക്ക് എന്ന് പറഞ്ഞാൽ ബോ ചോറും കഞ്ഞി നടത്തുമ്പോയ്ക്കരുത് മനുഷ്യജീവിതം ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളൊന്നും തവക്കുപ്പുണ്ടോ അതെല്ലാം നിസുക്കാം അത് പറയുന്നത് അച്ഛൻ തോന്നുന്നുണ്ടെങ്കിൽ അസാദിമെന്ന മക്സിദുൽ അച്ഛന ശബറാന്റെ അസ്മാന്റെ അസാഖിന്റെ വ്യാഖ്യാനം നോക്കി ഇതൊക്കെ അമ്മമായ വാക്കാണ് അതിലെന്തെല്ലാം പെട്ടെന്ന് ശ്വാസോ ശ്വാസമോട്ടിട്ടുണ്ട് ഗ്രാമവായു കുടിക്കേണ്ട വെള്ളം ആവശ്യമായ ചൂട് ഇതെല്ലാം ഈ ലോകത്തിന്റെ ക്രമീയാണ് കമ്പ്ലീറ്റ് ഇതൊക്കെ എന്ന മാതൃ ഉൾക്കൊള്ളുന്നു എനിക്കത് ജീവിക്കണം ഈ ജീവിതം ഏ നല്ല സുഖപ്രദമാക്കണമെങ്കിൽ എന്തെല്ലാ കാര്യങ്ങളും ഡിസിയും അനുജി അൽപ്പിച്ചു കൊടുണമോ അതെല്ലാം പേരായി ആന്മാ ഇസ്മാുക്കെ ആമ്മാസ്മാ റസാഖ് ഇത് എപ്പോ ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചോറ് വന്ന ഊഹ വിജയകാലം മാതാവിന്റെ ഗർഭാശയം തുടങ്ങിയിട്ട് ഈ ലഹന വരെയും വന്നാൽ ആസ്വദിക്കാത്ത ഒരു ലഹന പറഞ്ഞു അപ്പോൾ റദ്ദാക്കുന്ന ഇസ്മിന്റെ നമ്മൾ സ്വയം ആസ്വദിച്ച് കഴിഞ്ഞാൽ അവഹരിപ്പെട്ടതോ എന്നിട്ട് ഇപ്പോഴും അല്ല ഇത് തരുമോന്നെ ഇസ്കാരി അപ്പൊ നാപ്പത് അമ്പത് കൊല്ലം ആസ്വദിച്ച് ബോധ്യപ്പെട്ടുള്ള സാധനം ഇസ്കാരാണെങ്കിൽ വരാൻ പോകുന്ന മൗഹവുദായ കാര്യത്തിനെ സംബന്ധിച്ച് എത്രത്തോളം എനിക്ക് ഇസ്കാരം ഉണ്ടാവും എക്കീടുണ്ടാവും എന്ന് പറഞ്ഞേതാ ഇപ്പോൾ നല്ല ചോദ്യ യാത്ര ചോദിക്കുന്നത് നമുക്ക് ചോടാ ചോറ് കിട്ടുമോ എന്താ പോയി ചോദ്യം അതൊക്കെ മാറുന്നുണ്ടെങ്കിൽ അന്നേരം കുറിച്ച് ചോറാക്കി കളിയോ ഈ ജാതി ചോദ്യം ചോദിച്ചാല് ചു ചോദ്യം കിട്ടു അവിടെ ആ അത നമുക്കറിയാം കിട്ടും അവനക്കില്ല ഇല്ല കിട്ടില്ല താഴെ ചോദ്യം ഇല്ല അസാദിച്ചു ആറാമത്തേതോ മാസ തർത്തീപണുമ്പോ ഇതെല്ലാം തർക്കീബ് പക്ഷെ മുസലിം തർത്തീപ് രും പണ്ടെന്ന് ഈ നാലാം പായിക മാറം ഈ തബീദ് ജവാൻബാദ് രണ്ടാം നമ്പർ ആയത് ഉൽത്തുൽ ഇസിബാൻ വരിക അങ്ങനെയാ തെർഹീബരുണ്ട് പക്ഷെ മുസന്നിഫ് റബീൻ ബൈസുറപ്പിന്റെ നൃത്തങ്ങൾ ഉണ്ടപ്പോ അഞ്ചാമത്തക്കാരും അബി ആറാം അത്തക്കാരും മാ കോശിഫോമീൻ ആലമിറുഹാനി ആലമുറിയെന്ന് പറഞ്ഞൊന്ന് അവർക്ക് മുക്കാശഫ ചെയ്തിട്ടുണ്ട് അലമുറാനി നമ്മൾ നമ്മുടെ കഥ പോലമുൽ നാസൂത്തിലേക്കുള്ളത് ഈ നാസൂർ നിട്ടാൽ പല നൃത്തപ്പെട്ടു മൊത്തത്തിലെണ്ണ ആലമുൽ ജബറൂത്ത് മലക്കൂത്ത് ഉണ്ട് ജബറൂത്ത് ഉണ്ട് ലാഹൂത്ത് ഉണ്ട് ഇതെല്ലാം അലമു റുഹാനിന്റെ ഘട്ടങ്ങളാണ് അങ്ങോട്ട് വിട്ടല്ല അലമുറുഹാനി ജിസ്മാനി കൂട്ടെ ഇവിടെ അങ്ങോട്ട് വിട്ട കമ്പ്ലീറ്റ് ചെയ്ത് ആലമുറുഹാൻ ഇബന്തിക്കപ്പുറമുള്ള ആലമുറുഹാനിന് ഒരു തർത്തീബ് എന്തെന്ന് മരക്കൂത്ത് ജബറൂത്ത് ലാഹൂത്ത് ഇങ്ങനെ ഒരു കൂട്ടർ തർത്തീബാക്കി അപ്പൊ എന്തായാലും ആലമുറുഹാനിന്റെ തുടക്കത്തിൽ മലക്കൂത്താണെന്നും നടുവിൽ ജബറൂത്ത് ആണെന്നും ലാസ് ലാഹൂത്താണെന്നും കൊണ്ടുപോയി ഈ ലാഹൂ തണ്ണാത്ത കൂട്ടറുണ്ട് അപ്പൊ എന്താക്കും മലക്കൂത്ത് ആദ്യവും ജബറോത്തി രണ്ടു ബാക്കി രണ്ട് ഗിസ്മാക്കി കൊടുത്തു അതിലെല്ലാം പറഞ്ഞു അതാണ് ഷാരിന്റെ പോക്ക് മലക്കൂത്ത് എൻ്റെതാണ് ബാക്കി പറഞ്ഞു ഇപ്പോഴെന്താക്കി മലക്കൂത്ത് ആദ്യണ്ണി മലക്കൂത്തിന് തോട്ടത്തിനോട് കുപിച്ചു ജബറോത്തിന് ഹൗദിനോട് മുമിച്ചു വെള്ളം കെട്ടി നിൽക്കുന്ന തടാകത്തിനല്ലേ ഹൌദ് എന്ന് പറയുന്നത് മുൾക്കിന് മലക്കൂത്തിനെന്താക്കി തോട്ടത്തിനോട് ഉപിച്ചു തോട്ടത്തിൽ അപ്പോൾ ഈ ഹൌദിൽ നിന്ന് വെള്ളം മടിച്ചിട്ട് ഇങ്ങനത്തെ വാട്ടർ സപ്ലൈ നടത്തിയാലേ എന്താ ഉള്ളൂ തോട്ടത്തിൽ വെള്ളത് മുളക്കുള്ളൂ അപ്പൊ മുൽക്കിലുണ്ടാകുന്ന തോട്ടം ഏതാണ് നമ്മുടെ ഈ ലാഹറായ പ്രവർത്തനങ്ങൾ ലാഹ്റായ ഒരുമുകൾ ലാഹറായ പ്രവർത്തനങ്ങൾ മഴക്കൂത്തിലുള്ള തോട്ടം എന്ന് പറയുന്നത് ഏതാണ് മടക്കൂത്തി ആ തോട്ടത്തിൽ നിന്ന് ഉടലെടുക്കുന്നത് നെഫ്സിലുണ്ടാകുന്ന ഒരുപാട് അഹബാളികൾ നേതൃത്വം തവപ്പുലീ മഹബത്ത് സുഹൃദ്ഗണ്യ ഇതെ പറഞ്ഞ ഇതെല്ലാം മുറക്കണമെങ്കിൽ ജബൂറൂത്താകുന്ന മോളെ ടാങ്കിന് എന്താക്കണം വെള്ളി കൊട്ടുവരണം അപ്പൊ ടാങ്കിയിലേക്കാവശ്യമാണ് ഈ രണ്ട് തോട്ടങ്ങളും ഈ ടാങ്കിയാണ് ജബറൂത്ത് ആക്കിയത് ഹിയാദു മഹാലിമിൽ ജബറൂത്തി കണ്ടാക്കി തിരിച്ചു അതേപോലെ തന്നെ വുഹാനി റാത്തീവിൽ കൊറേ എണ്ണാക്കിത്തിയിട്ടുണ്ട് കൊറേ പാട്ടാക്കിയിട്ടുണ്ട് ആലമുൽ ബർസഖ കണ്ടിയിട്ടുണ്ട് നാസീഫിന്റെയും അലമു റുഹാനിന്റെ രാജരാഹൻ എന്ന കുട്ടവാട് അമ്മാവിനെ കാണുന്നു ഉപ്പിടാറുണ്ടൊക്കെ ആരമൂൽ ഭർദക്ക സംഘടിപ്പിക്കുന്നു ആരമൂൽ ബർസക്കന് ശേഷം ബി അമ്മാഹു ലാഹു ഇല്ലാഹുരാട്ടാണ് ബുഹാരി കൊണ്ടുപോയത് നമ്മള് നമ്മൾ ഇന്നു ചെല്ലു മുഖാരി പോ അവിടെ നിന്ന് അങ്ങോട്ടാണ് ആരം പിന്നെ പരക്കൂത്തും അല്ലെങ്കിൽ പോയിരുന്നു ജലാലി കൊണ്ടുപോയത് ഏതാണ് വന്നതുകൊണ്ട് അങ്ങോട്ട് പറ്റി ബഹുമായി ശ്രീ ബിക്കും നിരൽ മലക്കൂത്തിൽ ആലമല്ലാഹൂത്തി അപ്പൊ ജലാലിന്റെ പോക്കിന് മലക്കൂത്ത് ജബറൂത്ത് ില്ലേ അതിനേക്കാളും വാസു തെഴുതി ബുഹാരി ഏതൊക്കെ ആലമുൽ പർസഫും ആലമുൽ അറുവാറും കൂടുതൽ എണ്ണിട്ടുണ്ട് അപ്പൊ രണ്ടെണ്ണാക്കിയാലുണ്ട് മൂന്നെണ്ണാക്കിയാലുണ്ട് നാലെണ്ണാക്കിയാലും ഉണ്ടെന്നായി എല്ലാം എണ്ണിയാലും തന്നെ ആലമുൽ ആകുന്ന ആലമുൽ ഉസ്മാനീന്റെ അപ്പുറമുള്ള ഓരോ പൗറുകളാണെന്ന് വെച്ചാൽ തീർന്നു ഏത് റസാഹിമാ പറഞ്ഞു കൊണ്ടുപോകുന്നത് മലക്കൂത്താതെ ജബറൂത്ത് രണ്ടാമനാഥ് ജബറൂത്ത് വാസിന്നാണ് പറഞ്ഞ ഇംലാഗിൽ ആലമുൽ മലക്കൂത്ത് ലാബൂത്തിന്റെയും അല്ല ജബറൂത്ത് ജബറൂത്ത് ആദ്യം നമുക്ക് പറബറൂത്ത് എണ്ണിക്കാ മലക്കൂത്തുന്നത് ജബറൂത്ത് എന്റെ മറച്ചു ജബറൂത്ത് എന്ന് പറഞ്ഞ പാടം വെച്ച മാതിരിയാണ് വളവട്ടം തന്നെ ഈ പാപ്പനിശ്ശേരി അടക്കാൻ ഇതിലുള്ളത് പാല ഉള്ളത് പിന്നെ പറയുമ്പോൾ ആലമുൽ നാസൂത്താകുന്ന പാബനശ്ശേരിയുടെയും ആലമുൽ അടിയിലുള്ള പാല അതായത് ജബറൂത്ത് നിന്നാണ് ഇവിടെയുള്ളത് ഇംലായിലുള്ളത് മുസ്നീഹെന്നെ പറഞ്ഞു രണ്ടിന്റെ അടിയിൽ പാലം പോലെയാണ് ഇവർക്ക് ഇപ്പുറവും അപ്പോൾ ഹിക്കമിന്റെ മുസ്തീഫിന്റെ ഉസൂരും അനുസരിച്ച് അവസാനമായ ഉസൂരൻ വേറെ വേറെ മനസ്സിലാക്കാത്ത കാലത്തുള്ള എന്താണെന്ന് വെച്ചാൽ മർത്തമ്മ ഇവർക്ക് ജബ്റൂത്ത് അപ്പുറം വസാദ്ൽ ബുറു ഇപ്പറേ ഉള്ളത് അപ്പൊ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അടി അടിമറിയൂത്തി പറയാ ആനമുറുഹാനി എന്ന് പറഞ്ഞ ഒരു ഇനത്തിനെ അവർക്ക് മുക്കാശപ്പെട്ട ആ ഇനത്തിൽ സംസാരിക്കുന്ന അവരെ ഉള്ളൂ വസാജിക്കതിനെപ്പറ്റി ഒരു പറയണൊന്നും പറയാനില്ല ആനമുറുമാറക്കൗ ഇരഹി അവർ അതിലേക്ക് തറക്കിയായിട്ടുണ്ട് ബുറു സംസാരിക്കൽ മാത്രമല്ല അതിലേക്ക് തറക്കിയായിട്ടുണ്ട് इन आलमिल मलकूतिन निंदोरिचि कान्हा महाम रब्बिल जबरूतिले कान्हा आलम मलकूतिन आलम न अपा हवदकुन मबरिचि अपा मलकूतिन इंदा जबरूतन प्रभु वधादा इदानु मुलममन हाद अल फसल ई आर गाडयनाला नि रंदा बस्ने मुत्मन पातानीद अल अवल अवल लेकी इशारा पाकी अवलंदा वरदितदे मा महर अला अहलीही मी सिद्दतिल इताय कुवतन इत्तिबाअ गरा अतो वराया من <sen ും ഉന്നാസിൽ സോഫിയാകും സോഫിയാക്കളല്ലാത്ത വ്യക്തികളെക്കാൾ സോഫിയത്തിന് തറുതി ഹാക്കുന്ന കുറയാളുണ്ടല്ലോ ആ തർജി ഹാക്കാനുള്ള ഹുജത്ത് ഹുജത്വം കവിയ നല്ല റുജത്ത വളരെ പ്രബലമായ തന്നെ തള്ളിക്കളയാൻ പറ്റിയില്ല എന്തുകൊണ്ട് തങ്ങളോട് കൂട്ടത്തിൽ ഏറ്റവും മിത്തിബർ അവരാകുന്നു അപേക്ഷിച്ച് ഏറ്റവും മിത്തിപറേണ്ടത് അവർക്കാകുന്നുണ്ടാ കുൽത്തു ഇല്ല അത് ബൈസബുക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞോ മുസലിപ്പ് പറയും അനാമെന്ന് പറയും ഉറക്കം കൂടുതലാവുന്ന എത്തിപ്പാറ കൂടി അനാമ് എന്ന് പറയും ഉറക്കം ഉറങ്ങിച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും എല്ലാവരുടെയും വിഷയം പറഞ്ഞിട്ട് ചിരിച്ച് കളിച്ചിട്ട് പോസ് ആക്കും എന്ന എത്തിപ്പാവിൽ കൂടി ഗുണാസ് എന്ന് പറയും അപ്പൊ മനുഷ്യൻ മാറ രണ്ട അവസ്ഥയായി ഒന്ന് ഉറങ്ങേണ്ട അവസ്ഥ ഒന്ന് ഉറച്ചിരി ചിരിയും കളിയാത്ത അവസ്ഥ അപ്പോ അവരെ അവരെക്കാളും നിറ്റിപ്പാട്ടെന്നറിയുമ്പോൾ വേറെ ഇത്തിബായ് കുറഞ്ഞു കാരണം അനാമുറങ്ങുമ്പോ നിറ്റിപ്പാഴ് പറയാനല്ലേ ഉറക്കത്തിലായില്ലേ ജനങ്ങളെ കൂട്ടത്തിൽ കൂടെ ഉനാസുവായി മാറിയല്ലേ പറഞ്ഞേ ഹൃജത്വം കവിയാണെന്ന് പറയാനുള്ള കാരണം അവര് ഏത് കമാലാത്ത് ും വഹാലും അത് ഇപ്പൊ നമുക്കൊപ്പം മുമ്പ് പറഞ്ഞിട്ടുള്ളൂ എന്താ പറയുക മക്കാമുൽ നെഹ്സാൻ നോക്കാം അപ്പൊ മൂന്ന് കാര്യം അക്തൻ അമൽ വാളേക്കും ആ ഇൻഷാ ഉള്ള പന്ത്രണ്ട് മണിക്ക് ശേഷം അതുപോലെ ഓത്ത് ഉണ്ടാവുന്നതാ ആ ഓത്ത് വിട്ടിട്ടും ഒരിക്കും കൂടെ ചെയ്യുക പിന്നെയാണ് ആയിക്കോട്ടെ അമ്മ ഏറ്റക്കാതും അവരുടെ ഏറ്റിക്കാത് ഏറ്റിക്കാതുകൊണ്ട് കമാലാത്ത തിന്നല്ലേ അവർ അതിൽ കരകേറി ചണ്ടിന്റെ വലിയ അവർ തത്രി പോയി പിന്നെ ഇസ്തുരാദി ബുഹാനും പോയി സുഹോദി യാനിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അർതും അമയുടെ ഭാഗത്തിൽ കൂടിയോ ഏറ്റവും അഹസനേതാണോ അത് പിടിക്കും ഏറ്റവും കൂടുതൽ പോലീസ ആക്കപ്പെട്ട അഹബത്ത് ഏറ്റവും കമാലത്ത് കൂടിയ ഭാഗേതാണോ അതായിരിക്കും അവർ പിടിക്കുക അഹുതം ഈ അഹബത്തെ കൽവറായിന്ന് പറഞ്ഞ് അപ്പൊ അപ്പോൾ അവരാരായി അല്ലെ അഹസനഹു വന്ന കൂട്ടത്തിലായിബാദീനൽകൗല പയത്തമിയോ എന്ന് പറഞ്ഞതാണ് കൗതലെല്ലാം കേൾക്കും പിന്നെ അമ്മക്ക് ഏതായാലും ഇതെല്ലാം പിടിച്ചെടുക്കാൻ പറ്റുന്ന നെറ്റ് മഹസനെ അതെല്ലാം ഒരുമിച്ച് ഇരിയമൊക്കെ നീരിക്ക കൂട്ടത്തില് ആയിട്ടത് പിന്നെ അമ്മ ആരും അവരുടെ ഹാലക്കെ മാറുണ്ടെന്ന് പറഞ്ഞാൽ റബ്ബാനിഞ്ഞു അവരുടെ ഹാള് റബ്ബാനിയായ ഹാലാൻ ദൗക്കാ ബാറാക്ക് ഇങ്ങനെ പറഞ്ഞ കേൾക്കാൻ മേലുള്ള ഞമ്മക്ക് ആസ്വദിച്ചതാണെന്നാ പറയും നോക്കാം അതുകൊണ്ട് റബ്ബിയും റബ്ബിന്റെ വക്കൽ നിന്ന് കിട്ടിയ പ്രത്യേക ഭയനത്തിന്റെ മേലിലാണ് അവർ നിൽക്കുന്നത് ഈ കാരണങ്ങളാതാണ് കുജത്തും കവിയായി മുസന്നിഫയുടെ ദാവിട്ട് ദലീലമുണ്ട് ഹുജത്തും കവിയാകാനുള്ള കാരണം ഇതാണ് അതിൽപ്പെട്ട ഒന്നോട്ട് പോകുന്നു ഇൽമിന്റെ കമറ മൂന്ന് കാലം കൊണ്ടാ ഇൽ അനലാലും ഹാലാറും പറയുന്നത് ഇൽമിന്റെ തമറാത്ത് കൊണ്ടുള്ള വാഹനയോട് വലിയ സിറ്റത്തിന്റെ ആറ് കാര്യം അത് ഒന്ന് തന്നെയാണ് പക്ഷെ ബഹുമുൻ നാസു ആ ജനങ്ങൾ തന്നെ ആ സയ്യും വാസാം ജനങ്ങൾ അനാമ അനാമെന്ന് പേര് വരാനുള്ള കാരണം ഒക്കെ അനാമികളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ചിലർ ചിലരെ കൊണ്ട് ഉത്സാഹിക്കുന്നുണ്ട് എന്ന എത്തിമാനൽ കൂടിയാണ് അപ്പോ അവർക്ക് സോഫിയത്തിന്റെ നേരം കിട്ടില്ല അവർക്കോ അതിമായിട്ട് പോയി ജനങ്ങളൊക്കെ വർക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെയും സമയം പോയി ഇതിലുണ്ടോ നേരോ സമയം എന്തായാലോ അത് ബസിന്റെ ഭാഗത്ത് നിന്നിട്ട് തീർന്നു കുറച്ച് ഉറങ്ങിയിട്ട് തീർന്നു കൊറേ ചങ്ങാതിമാർ വന്നിട്ട് തീർന്നു കൊറേ ടെലിഫോൺ അറ്റൻഡ് ചെയ്തിട്ട് തീർന്നു ബില്ലെടുക്കാൻ പോയിട്ട് തീർന്ന് പിന്നെ ജീവിക്കാൻ സമയുണ്ടാ ജനങ്ങളിൽ നിന്ന് ഏറ്റവും വിട്ടിബാ ഉടിയവരാണ് അപ്പൊ അതെന്താ നീ അറിയിക്കുന്നു പതല്ലതാലിക്ക ആ ഇവം ഇതാവുണ്ടല്ലോ അതറിയിക്കുന്നുണ്ട് അന്നവും അന്നാഹ താരാക്ക് വളരെ പ്രിയപ്പെട്ടവർ ഇവരാണെന്ന് മനസ്സിലാവും എന്റെ തെളിവ് നിങ്ങൾ എന്നെ ഇത്തി ചെയ്തോളീൻ എന്ന് പറയുമ്പോൾ അന്ന് നിങ്ങളെ മനമ്പത്ത് നോക്കും അപ്പൊ ഇത്തിബാട് കാണാൻ ഉണ്ടാക്കാ അന്നാവും ആൻപത്ത് വെച്ചിട്ടുണ്ട് ഇവരെ ഇവർ മാബൂ നിങ്ങളാണ് എന്ന് മനസിലായില്ലേ നിലവിൽ കൂടി പറഞ്ഞിട്ടുണ്ടാമെന്നോ അധികം وعلامة المحب حضري تاங்களோള്ള മഹബ്ബത്തിന്റെ ആলামത് ഇtiba ജനയാനതാണ് ഇന്നൽ মুহিবബി മൻ യുഹിബ്ബു മുതീഊൻ അബല്ലാഹിനോടും റസൂലിനോടും ഇവർക്ക് കൂടൽ മഹബ്ബത്തുണ്ടെന്ന് തോന്നുന്നു അങ്ങന ഇങ്ങോട്ട് മഹബ്ബത്തുണ്ടെന്ന് മൊത്തം തല പറഞ്ഞത് അത്തസൂഖു ദിക്റുൻ മഅസിമാഇൻ വവദുമ്മ ഇസ്തിമാഇ വഅമലു മഅസ്തിബാഇന്നേ സേവ്യാഖ്യാനം കൊടുതടാ ദിക്റുൻ മഅസിമാഇൻ ഇഖ്ബാരികളോടല്ല അങ്ങോട്ട് കൂടി ഇസ്തിമാഇ ചെയ്തുകൊണ്ടുള്ള ദിക്റാണ് എന്ന് അതായത് മഹൈരായ ഓരോ പുറത്തു ഇപ്പോ വജുതും ഇസ്തീമാനോടൊപ്പമുള്ള വജുദ്ജു കൽബിനുണ്ടാകുന്ന ഒരുഹാൽ ആണ് ഇസ്തിമാർ അപ്പൊ ഖുഹാൻ ആത് കേൾക്കുമ്പോഴോ ഹദീഫ് കേൾക്കുമ്പോഴോ അല്ലേക്കുമ്പോളോ തടാൻ ഇസ്തമാക്കോട്ടെ ഖുർആൻ കേൾക്കും അല്ലെങ്കിൽ ഹദീഫ് കേൾക്കും വൈദാ തലിയും അതാണ് ഇത് വജുതും പറഞ്ഞത് അപ്പൊ പാട്ടു രീതിയിലാണ് സ്ഥിരാങ്ങനെ കേൾക്കുന്നത് അപ്പൊ നമ്മുടെ മനസ്സിൽ വെച്ച യാത്ര സംഘട്ട് വർദ്ധിക്കുന്നു അതിങ്ങനെ ആളെ കത്തിക്കും ആ പിന്നെ ഇത്തിമാവരുകൂടിയുള്ള അമലും ആകുന്നു അതാണ് നമ്മുടെ ചർച്ചാ വിഷയം തുമ്മത കറവദേഹ കൗനിന്ന ഇവർക്ക് ഇത്തിമായ കൂടാനുള്ള കാരണം എന്താണെന്നവരത്തിന് തെളിവ് തെളിവ് വിജയം വരണ്ടെ അതാ പറയുന്ന ഇങ്ങനെ അയാളാ സൂഫിന്നാ പറയുന്നത് അല്ലാണ്ട് പച്ചപ്പൊറുപ്പ് വന്നപ്പോ സൂഫി വന്നിട്ടുണ്ട് മോജാർക്കമാറിന്റെ അഭിംപറ്റി അഖവാറിന്റെ അഭിംപറ്റി തങ്ങളെ കോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ എന്താണ് നെയ്യെന്താണ് പുതിയ പന്താൽ നമ്പറിൽ ടൈം കൗലെടുക്കുന്നു ും തങ്ങളുടെ പ്രവർത്തനത്തിൽ നേരം മുഴുക്കോട് നിന്ന് വിക്രി കണ്ടപ്പോൾ നിങ്ങൾ രാത്രി എല്ലാവരെയൊക്കെ ഓർത്തേക്ക് രീതിയിലാണ് എന്ന് മാത്രമല്ല ഒന്നുകൂടി ഒരു പണി കയറിയിട്ടുണ്ട് എന്താ അപ്പൊ കൗലിന്റെ മിങ്കു പുറമെ അതിന് മുസാഫ് അഹ്ലാത്തു പറഞ്ഞു അപ്പൊ ഹാനിരുമായി തന്നെ വിരാസത്തിന്റെ അലിഹി വസ്സലാം തങ്ങൾ വിരാസത്തിൽ നിന്ന് ഓരോരുത്തരും അവരുടെ വർക്കുള്ള ഹന്ത് പിടിച്ചെടുത്തിട്ടുണ്ട് എന്തല്ലോ ആലിമു വലിച്ച് അസ്ബാദു അലിഹി സലാത്തു വസ്സലാമിന് ചത് അമ്പത്തൊമ്പത് അറുപതാമത്തെ പേജിന്റെ വിശദീകരണം കാണാൻ ഇത് കൊടുത്തു അവാരിഫ് അമ്പത്തൊമ്പത് അറുപത് പേജുകൾ നോക്കുക ആ താലി മാറും താലി മാറും പക്ഷെ ഇല്ലെങ്കിൽ വിവാഹത്താവുന്നല്ല അത് ഇല്ല ഇഹ്ലാസിന്റെ ചെറുത്തു വെക്കാത്ത കാരണത്താൽ ഭരതമിനൽ വറാഹിയിൽ പുല്ലി എത്തി പുല്ലിയായിട്ട് പുറത്തു പോകും കാരണം ഇദില്ല അമാലു ബിൽ അയഖലാസു ആഷിബാഉ ഇഖ്ലാസില്ലാ തഅമാലൻ ദായിക്കും വറു ശബഹ മാത്റമാന്നോ വറു പ്രതിമ മാത്റമാണോ ല്ല അൽ അമാറു സ്വബറൻ റായിമത്തു മൈന്നമാ അഹവ വദൂറു സദിൽ ഖലാസു ഫീഹി എന്നാണ് ഹികമിർ വദൂ റബബും മരിദ ഉദാഹരണമായി റബബും മരിത മിൻ അബീഹി സാതൻ ജാരിയതൻ ഒരു ജാരിയതൻ ഉണ്ടാക്കി നൽകാക്കി ഉപടാടവക്കുന്നൂ ഇർസാക്കി പക്ഷെ മെച് ഉയരും മൈതത്തം إنها خليفة بباريسة إنوان عنام درسالة ورئيو دلهم إنو برنا معجل إخلاص اللاعة تعلم وظاليم وانم درسالة نبيراً وانم درسالة نبيراً لديوهي في الهيئة للاهم إني والآبدو آدداً ياريضاً خُسرتاً دانا أفعاله عليه الصلاة والسلام أفعاليانا من سياة وقياة ومجاهدا كن لاهرة لاهرة يمجاهداً نعنى كي دورتن باطن يأي مجاهدا أشور الله سلسل أنا عبدنا മസ്കരിച്ചു ഹത്താ തവർ കാറിൽ വരെയും ഏറ്റവും കഥീളം വയസ്സൊരു കഥാളിക്കൽ ആരാളും നോമ്പോക്കുന്നിരുന്നു അങ്ങനെ ആരിഫാണ് മൂന്നാം നമ്പർ വരിസൽ ജമീ ആ എല്ലത്തിനെയും അറിയോ ആരിമിന്റെ താലിമും വേണം താലീമും വേണം ilmi ilmi അതാ മാ യുഹത്താജു യുഹത്താജു മിനൽ ഇൽമി ഇൽമിനൊക്കെ ആവശ്യമുള്ള എന്താണോ അതാദ്യം ഇതാത്തിൽ ആദ്യം ശേഖരിച്ചട വച്ചു ഈ മിന്ന വിഭാഗത്തെല്ലോ ഇനിയോ വക്കദേശം ഭക്ഷണം ഒക്കെ ചിലപ്പം ബഹളായിരുന്നു വരാം പക്ഷെ നമുക്ക് ബുജൂക്കൊന്നുമില്ല ബുജൂബ് എന്തായാലും പതിലായ വരുന്നുക്കാനും ഒരു ഫാത്തിഹ പിന്നെ അത് രണ്ട് സൂറത്ത് ഓടിക്കണം പോയി പഠിച്ചാൽ നിൽക്കാറാന്ന് വിഭാഗത്തിൽക്കാം നോമ്പിനോ പിന്നോക്കി കാരൊക്കെ ഒന്ന് സംഭവിക്കണമെന്നും വിളിക്കാം നോമ്പിന്റെ മുഴുവൻ കാര്യം പഠിക്കാം പിടിക്കും അപ്പൊ മന്തിക്കും മാനിയും മറ്റേ വൈപതിയും കാവ്യൊന്നും വേണ്ട അതാ ഇപ്പൊ സാധാരണ പാചകന്മാർ ഏമിച്ച് പറയും അവർക്ക് വൈപതി ഓടിച്ചിരിക്കണം തത്സവം ഓടിച്ചിരിക്കണം ഇതിനിടെ ഒന്നും വേണ്ട നുറുമ്പത്തിനോദി അറിയാമെന്നു ശിവരാണത്തിലെ കൊണ്ട് മാത്താജിയിലേക്ക് അപ്പം അവൻ പിന്നെ ചോദിച്ചു ആദ്യം പഠിക്കണ്ടേ അത് മുഴിതൻ മാറലുണ്ടാക്കി വാക്കവികൊക്കെ കുടുങ്ങിപ്പോവും ഓരോ ചോദ്യത്തിന് ജയി മറുപടി പറയണേ എങ്കിലും ഉണ്ടാക്കണോ കുത്തു പഠിച്ചിരിക്കുമ്പോൾ ഇനി പഠിച്ചില്ല എന്ന് വെക്കാം വാക്കവിയല്ല അപ്പുറത്തൊക്കെ അവി ചോദിച്ചാലും ഒരാളെ ഇരുമോണ്ട് മറുപടിയും ഇല്ല ജുതി വളർന്നുണ്ടല്ലോ ഇനി പിന്നെ കുല്ല്യാത്തിന്റെ പുല്ലിയാത്തലേക്കാൻ നിങ്ങൾ ദുരിതീയാത്തിന്റെ മറുപടി വേഗം പറയാല ഉമ്മ എന്തോയിൽ അമലി പിന്നെന്താക്കും അമലിലേക്ക് നീങ്ങും അപ്പൊ രണ്ടാം നാം പറയും എങ്ങനെ നീങ്ങും അല്ല അക്തി അമലതിൽ കുത്തിമുറിയില് മാത്രല്ല അതിലക്ലായ രീതിയിലാണ് കൈകട്ടിയ മുതൽ എന്തെല്ലാം വേണോ എല്ലാം ഒന്നും ഇയാൾ അക്മലായ രീതിയിൽ അമല ഉണ്ടാവും സൂറത്തോന്നും സൂറത്തായ ഏത് സൂറത്താവുന്നില്ല അതേ സൂറത്തോന്നും അത് പൂർണ്ണമായിട്ടൊന്നും തോന്നും മുങ്ങലും മംഗലൊന്നുമില്ല ഉം അല്ല അമല ثم زاد فرندن رندنا ففيها فيهم ففيه مسطوف يودرن في السباع كمر الريلين والدليل ولكنه قد زاد بالخلق الذي يريدون ثم زاد عليهما بالراقه الخلائق التي كان عليها باذنه صلى الله عليه وسلم തങ്ങളുടെ ബാസിങ്ങൾ എന്തെല്ലാം മഹതാക്കുണ്ടായിരുന്നോ അതിന്റെ ഗതാസത്തും ഏറ്റെടുത്തു കറവ് മഹപ്പുമായി ഞാൻ ഇങ്ങനെ പോകുന്നു പന്ത്രണ്ട് നിമ്മാ എന്ന് പറഞ്ഞാ തീരൂല ജാമ്യം എണ്ണീട്ടുണ്ട് പണ്ടിട്ടുള്ളൂ പ്രധാനിമ് പത്തനെണ്ണീന്റെ കാരണം പറഞ്ഞു బాకెనను ఫోర్వర్డ్ చే వనొలు వలినాలియకాన సహనొంబం యల్లాహు అన్నర్ను అస్తూఫీని మన్ సఫా నిల్ కదర్ వంతలా మినల్ ఫికర్ వంగతయిరల్లాహి దూనల్ బషర్ వస్తవాయినల్ మాలు వల్ మదర్ అన్నర్ను ఎల్ల కనపిన తోటొ సిద్ధియై ఫికర్ కొండొన మనసు నర్ను అల్లాహునికొల్ల ముంగతియాతె వనొ അവനെന്താക്കി മാരും മധുറുമെല്ലാം അവനോട് തുല്യം അങ്ങനെ അഹബാലെ സംബന്ധിച്ച് മൂപ്പറിവാർത്ത തുടങ്ങി ഒരുപാട് അത് ചിലപ്പോ അനന്തരം കിട്ടിയില്ലെന്നും വരാം അതിലാരിക്കും ഉഷാടക്കത്തില്ല അപ്പൊ നബീസ് അല്ലാഹു അനിയവസന്നമ്മ താങ്കൾക്ക് വജി രണ്ട് വജിയിൽ കൂടി ഇന്നുണ്ട് കുമ്പത്തുണ്ടെന്ന് അറിയ താങ്കൾക്ക് മാത്രമുള്ള കാര്യം കൊണ്ടൊന്നും പ്രത്യേകതല്ല അപ്പൊ പമനത്തി നബീസ് വിഭാഗത്തിലേക്ക് നോക്ക വജതാക്കു ആ വിഭാഗത്തിന് എത്തിക്കല് ഇങ്ങനെ ലായുസാക്കു അതിനോട് കടപിടിക്കാൻ ആദ്യം സാധിക്കൂല ഏ ഒരു മിനിട്ട് പ്രവർത്തനം നമുക്ക് അതുപോലെ കൊണ്ടുപോകുന്ന ഇതാണ് ലായുസാക്കു അത് വൃത്തം കിട്ടൂല തങ്ങളെ ആ പരിസരത്ത് പോലും അടുക്കാൻ ഒരാൾക്ക് അപ്പൊ പക്കാനാത്തുറത്തോക്കാമിലേക്ക് എത്തി ആരും അങ്ങോട്ട് അടുക്കാനോ ഇതറാക്കി ചെയ്യാനോ അത് കണ്ടുപിടിക്കാനോ ലാ ഇതക്കു എന്ന് പറയുമ്പോ ഒട്ടും കഴിയൂല അതിന്റെ താഴെയാണ് ലാ യുഹക്കു എന്നാ പിന്നെ അച്ഛൻ ദേശം ചെന്നു ചേരാൻ അതുമില്ല എന്നാ പിന്ന അറിഞ്ഞിട്ടെങ്കിലും വലായുറക്കും അറിയപ്പെടുകൂടി ആ രീതിയിലാണ് മാരിപ്പൊത്തും കൂടെ കൂടെ എത്തിച്ചാൽ കഴിയൂല ഓരോ പഠിത്താണ് കൊണ്ടല്ലേ അതെ قطب الإبن مسيح رضي الله عنه وفيه ارتكت للحقائق وتنزلت علوم آدم فعجز القلائق وله تنائلت الفهم ولم يدركه من نعصابكم ولا لاهكم إن رعب المسيح الزلاثري هذا المنور المرأة وفيه ارتكت للحقائق فالنزلت للحقائق والأدلية ذات تنمى ും അതിന്റെ അകായികൾ കംപ്ലീറ്റ് എന്തെല്ലാം ഒന്നാമത്തെ പഠിച്ചുകൊടുത്തിന്റെ ആ ഇൽമ മുഴുവൻ തങ്ങളിലേക്ക് നൽകിയതായിട്ടുണ്ട് അതുകൊണ്ട് മുഴുവൻ പടപ്പുകളെയും അജിസിലാക്കിയിരിക്കുന്നു മറ്റൊരു മലായിക്കത്തിന് മാത്രമേ എന്താക്കിയിട്ടുണ്ടോ അമ്പിയോണി അസ്മായി ആവുലായിട്ടുള്ളു അല്ല കലായിക്കനെ മുഴുവനത്തിനെയും ഹജിസിലാക്കി വലഭൂതത്തിൽ എല്ലാ പർന്നുകളും വാടി തളർന്നുപോയി തങ്ങളിൽ അതുകൊണ്ട് ഫലം സാധിക്കായ ആളാവട്ടെ ലാഹക്കായ ആളാവട്ടെ ഉമ്മത്തിൽ നിന്ന് സാധിക്കായ ആൾക്കും കണ്ടുപിടിക്കില്ല ലാഹക്കായ ആൾക്കും കണ്ടുപിടിക്കില്ല വിദറാക്കില്ല അപ്പൊ ഇതറാക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ലുഹൂക്കുണ്ടോ അതുമില്ല വല തിരുത്തി നിന്നാൽ അതിനപ്പുറം ഉണ്ടല്ലോതി വലാതായേക്കും അതാ സമാപിച്ചു സുഹൂതിഹി വലഞ്ഞനാ തൊണ്ണമായി അവന് അതും ഒപ്പം തിരുത്തുന്നത് നബീസ് അലി വസ്ല്ല തങ്ങളെ വിവാദത്തും അക്വാലും കൊറേ ചിന്തീട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ തങ്ങളെ ആ ഒരു അങ്ങോട്ടായിട്ടുണ്ട് തോന്നിയേക്കണ്ട അരമാക്കളാവട്ടെ ഉപാധികളെ പെട്ട തോപ്പിയാവട്ടെ അവരെന്ത് കിട്ടിയതും നെൽമി അലിസ്വലാത്തു വസ്സലാം അമലീസ് അലീസ്ലാം അടുപ്പിനീസ് അല്ലെന്നോ ആദി വസ്സലാം എന്തു ആവട്ടെ മൂന്നാളായാലും ഇല്ലാ റസ് ചെറിയൊരു തുള്ളികളല്ലാതെ ഓർന്നില്ലാതെ വലിയ ബഹറപ്പുറം ഉണ്ടാകുമ്പോ ഔ റസ്തതന്നല്ലെങ്കിലും കുറച്ചെടുത്തിങ്ങിന ഒരു കൊടയേ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഒക്കണം അങ്ങന തന്നെ ഉഴവനെ ഡിന്റെ ടീ നോക്കമ്പില്ല വബില്ലാഹി ദർറുൽ ബോസൈലി റസൂല്ലല്ലാഹി തയ ബോതത്തിൽ മദീഹിൽ പറഞ്ഞു ഹൈദിയേ കോലോ വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽ തമീസുൻ ഹർസം മിനൽ ബഅദി ഔ റസം മിനദ് ദിയാമി വവാതിബൂന ലദൈഹിനി വഹൻ ബിഹിമി ും തങ്ങളുടെ വക്കൽ നിന്ന് എല്ലാം നെൽസിമാസിൽ എത്രയാണ് ബഹറിൽ നിന്നുള്ളത് കുറവും അല്ലെങ്കിൽ ദിയമെന്നല്ല കോന്ന് മഴയിൽ നിന്നുള്ള ഒന്ന് സാമ്പിളിൽ കണക്കന്നെ എന്നിട്ടോ ഓരോരുത്തരും അവരവിടെ ഹഡിൽ നിൽക്കുന്നു എൽമിന്റെ നിക്കുക പിന്നെ ഹിക്കിമത്തിന്റെ ഒരു ബാഹ്യ രൂപം മാത്രം ഓരോരുത്തർ കെട്ടിയ ഹെദ് രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത് ഒരറ്റ മതഹബിയുള്ളൂ എന്നാണ് അടിക്കലും കൊടിക്കലും കേറലും ഓഫീസ് മാറലും ഒന്നും സൂക്ഷിയാക്കല കൊണ്ടിരില്ല എല്ലാം നിസ്വാദി അതാണ് പറയുന്നത് ബഹു വത്തി മതഅബിഹിം തലീഫിന്റെ എല്ലാം വായ്പ ഒന്നാണ് ഏ രണ്ടാൾ പത്തെ പേരിന്റെ ഓൾട്ടർനേഷൻ ആയി പോയി കൂടി ഇപ്പുറത്തേക്ക് കൂടി പോയി ഞാനിപ്പുറത്തേക്കൂടി വരാൻ നിങ്ങൾ ഇല്ലാത്ത വിളിച്ചു കാണാന്നു രണ്ടാളൊന്നും ഒരു വിശേഷില്ല എന്റെ പേരില് വിളിച്ച് കാണാൻ ഇസ്ലാപ്പിണ്ട തരീക്കിന്റെ കായത്തലൊന്നാം വൺ നമ്പർ ഒത്താവിച്ച് മൂന്നാം നമ്പറും എനിക്ക് തന്നെ പറയുന്നുണ്ട് എന്താ മൂന്നാം നമ്പർ കറാ മാത്തുകൾ കണ്ടു എന്നാ പറഞ്ഞത്മാതി وانهم قضو عن المحجج ثم يعني بي شيء يعني تكوم الحجتو سوفياتാന അഹബനെ നമ്മൾdarta விஷயം അതിന്റെ ഹജ്ജെ നടന്നിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഉണ്ട് മാത്രവല്ല وانهم قضو عن المحجജ അവർ ശരിയായ മാർഗ്ഗത്തിന്റെ മേൽ തന്നെയാണ് എന്നದು നമുക്ക് സുബൂത് ആകും എന്തെന്നാൽ ആ ബിശൈയനി ഒന്നാമത്തെ#!/മറാഹിബ്ുന്നാസി അലഖീലാ ഫീ അതാണ് വെച്ചോളൊന്ന് ജനങ്ങളുടെ മൊത്തത്തിലുള്ള മത പല ഇസ്തലാപ്പിന്റെ കൊണ്ടു എല്ലാ ഇസ്തലാഫാ എന്നാൽ കൗമിന്റെ മതാപ്പാണ് എല്ലാവർക്കും അത് ഒന്നെയാണ് വിശ്വാസ അതാണ് ഇത് അമ്രൂഫ് താടി ഇനി താടി താടി അമ്രൂഫന്റെ വമ അതൗ ഹി ബിഹർ കിൽ ഇതിലം തീ മന്ത് ഇതാന്നാ ഉള്ളത് ഇരുന്നിലെ കൊണ്ട് ഇതാ വേണ്ട വമ അതൌ അവർ കൊണ്ടുവന്ന ഒന്നും ബിഹർക്കിൽ ആദാ ഹർക്കുല്ലാദാമത്തുകൾ അതാ മൂന്നാം നമ്പർ നമ്മുടെ മത്തിൽ എണ്ണിയ പ്രകാരം മൂന്നാം നമ്പറ് സുമ്മി എനിന്ന് പറഞ്ഞ ശൈലി രണ്ടാമത്തെ ചൈക്ക് ഇതം തക്കുൽ നിമൻസിവാഹും മാതം മറ്റുള്ള ആൾക്ക് ആദത്ത് പോലും ഇല്ല മറ്റുള്ളവർക്ക് ആദത്തോടെ നടത്താൻ നിൽക്കുമ്പോൾ ഇവർക്ക് കർക്കൂല്ലാദത്താണുണ്ട് ആദത്തിനീങ്ങനെ ഓവർത്തേക്ക് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവരിലുള്ളത് നമുക്ക് ആദത്തിലുള്ള കാര്യം പോലും നമുക്ക് നടക്കുന്നില്ല കർക്കൂല്ലാദത്താണ് അൽജത്വെന്ന് പറഞ്ഞാൽ പറഞ്ഞത് പിന്നെ അൽ മഹജത്ത് على اتلاف ونهو لإتفاقنا وعينة ألا اسمنا وصلنا يقول رضي الله ثم تكوم الحجة الدعالة على أنهم على المحدة والطريق المتقين ينعنا نعريك أن الحجة مردكم بسيئين أحدهم الله ونبرا بسيئين نعطي قررام عبد الله عبد الله نعم نعم تن بسيئين قررات ثم بسيئين تكوم الحجة ورات أحدهم വിശേഷം വയ്ക്ക രണ്ടിൽപ്പെട്ട ഒന്ന് അന്ന മദാഹിബാസിന്മാർ ബാധിങ്ങെടുക്കതിക്കാനത്ത് മദാഹിബുൻ പൊക്കഹാൻ മതഹം വായിരുന്നൊക്കെ പൊറോയിലുള്ളത് ഇഷനേ അശ്രമൻ പന്ത്രണ്ട് മതം ഉണ്ടായിരുന്നു അങ്ങനെ കൂടുതലുണ്ടെന്നാണ് ക്രോഡീകരിക്കപ്പെട്ട ഒന്നുണ്ടെന്നാണ് എഴുപത് എഴുതി കൂടുതലുണ്ടായിരുന്നോ സുമ്മ താക്കാതർ എത്തിയ അറുബാത്തി പിന്നെ ചുരുക്കി ചില കൂടെ നാലിലേക്ക് എത്തി തീർന്നു വെക്കാം എന്നാലുണ്ടോ നാലാണെന്നോ അല്ലേ വക്കാലത്ത് മതാ ഹിന്ദു കുറാ കിറാത്തിന്റെ മതപത്തെ സംസാരിക്കാം വയസ്സിന്റെ രീതാത്തിൽ ഇരുപത്തി അഞ്ച് രീതാസുള്ളത് ഇപ്പത്തലേക്കെത്തി പതിനാറ് രീപത്തിലേക്ക് എത്തി ഏഴ് കുറവായിരണ്ട് ദിവാസൂടെ നോക്കിയാലും സുമ്മ തക്കാട് അറുപത്തിയ ആശാത്തിൽ പിന്നെ പത്തിലേക്ക് എത്തി പതിനാറ് റാമികളുണ്ടെങ്കിലും ചെറാത്ത് പത്തിലേ ഉള്ളൂ വക്കാലത്തെ മദാഹിബിൻ മതഹപ്പെടുത്താ മദബൈ മസരി ഉണ്ട് ഇങ്ങനെ പോകുന്നു അല്ല റെസ്റ്റിലാക്കും വലത്തിൽ ഒന്നല്ല രണ്ടാമത്തെ ഇല്ല പരിസ്ഥലപ്പത്തിൽ മസാലിക്ക് മസലക്കുകൾ മ്യസപ്പെട്ടാൽ ശരി ഒരാൾ പറയും ഹഫിയുടെ ചെല്ലണമെന്ന് മസലക്ക് വേറൊരാൾ ജലീചാ ഇതിലല്ല അത് രണ്ടെ വിളിച്ചു വിളിച്ചാൽ എന്താക്കും ഈ ഹാഫിയെ സമ്മതിക്കുന്ന ആള് ജലിയും സമ്മതിക്കുന്നതാണ് ജലിയും സമ്മതിക്കുന്ന ആൾ ഹാഫിയും സമ്മതിക്കുന്നതാണ് വറക്കിലേക്ക് നന്ന ആഴവിട്ടിറങ്ങിപ്പോയ ആളാണെങ്കിൽ എനിക്ക് ജലിയാതിച്ചത് വേണം ജലിയും ജഹലിയും ഉണ്ടായിരണം എല്ലാം ജമ്പിലേക്ക് നിക്കാൻ കൈ നാട്ടം നാക്കണ്ട പടിയും കൂട്ടണ്ട നേരെ ഹഫിയാ ദിക്കലിലേക്ക് എത്തിക്കാം അതാളെ എക്സന കൂട്ടിട്ടു അത് ശരിക്കും ഹഫിയാതിക്കര അപ്പമരുന്നമന്തി പോകുന്നു കാതിരി പറയാതിക്രം ലക്ഷൻ ജര്യാതിക്രം ഉണ്ടെന്ന് പറഞ്ഞ ഓട്ടർ പോലെ മുറിനെ കിട്ടിയ കാതിരിയത്തിന് ഇറങ്ങിട്ട് കൂടി അവർ കൊണ്ടുപോകുക അതേ അവസരത്തിൽ കാതിരിയാക്കൾക്ക് തന്നെ അര കിട്ടി ജമീയത്ത് കൂടി അള കെട്ടിക്കഴിഞ്ഞാൽ കൂടി അത് അരകേക്കുക നീ കൂടെ നമ്മൾ ലക്ഷം അത് എത്തി നോക്കിയിട്ടാണ് അപ്പൊ ആ കാരണം മഹബ് സോഫി തെ റാജ് അറ്റം ജില്ല തവജു മിന്നായിട്ട് എന്ന കയ്യിലോട് കൂടി അള്ളാഹ് ഞെക്കോളും ആദ്യം തവജ്ജുണ്ടാവണം തവജുക്കുണ്ടാവണം രണ്ടെണ്ണായി അത്തബജ്ജുലന്നായി മറ്റന്നത് സിതുക്കി കതിമാ തവജ് പോരാ അതിന് ശൈലം താഴെ മിന്നായിട്ട് ഉയർന്നു വിശ്രാന്തി അംഗീകരിച്ചോണ്ട് വരും വിശ്രാന്തി അക്കിയില്ക്കണം ഡിമാ ഇറന്നാന്ന് പറഞ്ഞാൽ സാരി ഹാമിൽ കൂടിയെന്നാവണം തക്കമിൽ കൂടി തന്നെ ആവണം വേറെ കൂടിയും പ്രവർത്തിച്ചാലാവൂല അപ്പൊ ശരീരത്തെ ഉറ്റുകൊണ്ടുള്ളതില്ല ചെറുക്കത്തവടെ ഉണ്ടൊക്കെ പറഞ്ഞു അപ്പൊ തസവപ്പിന് ഒരുപാടും രണ്ടായിരത്തോളം തഴി പറഞ്ഞല്ലോ അത് ഓരോരുത്തർ ഓരോ ഹാള് നോക്കിയിട്ട് ആനെ പറ്റി പറഞ്ഞാൽ അവസാനി പറഞ്ഞിട്ടുള്ളേ ആനെ പറ്റി പറഞ്ഞാൽ തുണ്ടിക്കേ നോക്കിയിട്ട് ആന്റെ റിസ്ക് കുറഞ്ഞു ചിലത് ചെറി നോക്കിയിട്ട് റിസ്ക് കുറഞ്ഞു എനിയുണ്ടല്ലോ ചില കാല് നോക്കി റിസ്ക് കുറഞ്ഞു എല്ലാ വർഷവും സൂട്ട് തന്നെ പക്ഷെ ഒന്നും പൂർണ്ണമല്ല എല്ലാം സൂട്ടാമുണ്ട് പക്ഷെ ഒന്നും പൂർണമല്ല ഇങ്ങനെ നല്ല ചിന്തയിലുള്ള ദുരിടം അന്ന കണ്ണകർക്ക് വൈബാറത്ത് ഓരോ കതിരി മാനാനമിന്നു അവരെ വർത്തിച്ച പതിമക്കനുസരിച്ച് ചിന്താക്കി അങ്ങനെ ഇബാറത്തിട്ടുന്നേ ഉള്ളൂ ചില ദുനാവിനെ ചാടലാണോ അത് കുതിന്റെ നോക്കാൻ വിളിച്ചു അങ്ങനെ എല്ലാം അന്നാലും വലിയ അറപ്പിക്കലാണ് തവക്ക് പറഞ്ഞു ചിലവർ പറയാൻ ചില അതെ നോക്കി പറഞ്ഞു ഇത് കുഞ്ഞ ഇബാറത്തിന് ഇന്നമായിയ മുഹ്ബിറത്തു അനുസരിച്ച് തവജ് ഹി സാഹിബി ഓരോ ഇബാറത്തുകളും അതെന്താ ഉള്ളത് ഇന്നമായ ഇബാറത്ത് മുഖ്ബിറത്തു അത് അറിയിക്കുന്നതാണ് അനുസരിച്ച് ഹി സാഹിബിഹ ആ ഇബാറത്തിന്റെ സാഹിബുണ്ടല്ലോ ഒരാൾ അതെ സാഹിബിനെന്തില്ലാതെ ഓറെ ചെരുക്കു തവജ് ഇത് കൂടിയാണോ അതനുസരിച്ച് ഇബാറത്തന്നെ ഉള്ളു എല്ലാ وكل لَهُ نصيبًا من له نصيب, نصيب من سلك التعبد هي ان دلن على كنده نصيبا فيه لو له نصيب آر... آر... آر من التصوف تصوفه نصيبا له الدنيا اpon اذا قام اوري برديل اذا قام توبو بير الله الحق من حيث يرضاه والله اع كيدودكتا بختم هو بينه قائم هارونا ഞാനെന്താക്കുന്ന അധാന കോളത്തെ ഔജ്ജ്വാക്യം പ്രാധാന്യമാനും ജയിക്കുന്നുണ്ട് ഈ മാസത്തിന്റെ പേരെടുക്കുന്ന വലിയ സുഖം ആ വ്യാജമായി മാറും വലിതാലിക്ക് എന്തുകൊണ്ടാണല്ലോ ശീല മം തലം ഞെക്കത്താക്കാനും പറഞ്ഞത് പക്കത്തക്ക ഒരാളെ സൂപ്പിയായി കോലം കിട്ടി പക്ഷെ ചിക്കൊന്നുമില്ല ചിക്കയി ആ നിയമങ്ങളൊന്നും പാലിക്കൂലെന്നാ ചെറീച്ചില്ല എന്നാൽ തഥൻ എന്തൊക്കെ അവ ചിന്തിക്കുന്നവന്റെ പേര് സൂപ്പിന്നെല്ലാം വമ തപക്കയായി വളം യഥ് സോഫിന്റെ തപസക്കയാ പാത്തു കായികമാവും എന്തുകൊണ്ടാണ് ഇവിടെ ചിക്കിന്റെ അക്കാമിൽ ഒപ്പിച്ചാൽ മിശ്രാസം കുറഞ്ഞ പോയത് കൊണ്ടാണ് മറ്റേ തീരെ തീരെന്നെ വിളിക്കളഞ്ഞല്ലോ അതൂടെ ഒന്നാമത്താള രാസോഫായി അഹക്കാമ് നോക്കൂലെന്ന് വെച്ചാൽ ഓൻ തസന്തുക്കാൻ അല്ലു ഒന്നാമത് അഫുനിഹിൽ ഹെക്കുമല്ലേ അഹക്കാമിനും തമ്മിൽ തള്ളിക്കളഞ്ഞു അഹക്കാമേതാ ചെറിയ ഹെക്കാമെന്നു ഹിക്കിമത്തേതാ ഒന്നാമത്താളെ അസബാബുസബത്തിന്റെ അടിയിൽ കോത്തിളക്കിയത് ഇന്നത് കൊണ്ട് ഇന്നത് ഇന്നത് കൊണ്ട് ഇന്നതും ജ്ഞാനം പിന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ചെറുതീമുണ്ട് ഇന്നതിനാൽ ഇന്ന് ഇന്നതിനാൽ ഇന്നത് ഇങ്ങനെ ആകെ മുഴുവൻ പോക്ക വെക്കിയാൽ ഒരു മെരിഞ്ഞുകെട്ടതാണ് ഇരിക്കുമ്പോൾ ഇത് തള്ളിക്കളഞ്ഞോ അത് വെച്ചില്ല അതിനെ പൊളിച്ചല്ലേ രണ്ടാമത്താളാരന്ന് തപക്കാലം വപ്പ് അയാള് പാട്ടിക്കായത് കൊണ്ടാ തപിലെ സ്വലോഭിയെടുക്കി തപജു ഹാജിയായിപ്പോയി മിന്ന അന്നുള്ളത് അന്നും കൊടുക്കുന്നല്ലേ എന്തെങ്കിലും അവൻ ഏർപ്പെട്ട തിക്ഹിയത്ത എന്താണോ ചിലക്കും സൗജ്യമില്ലാത്തത് കൊണ്ട് പാട്ട് കൈപ്പോയി മൂന്നാമത്താള് പിന്നെ എല്ലാം നടന്നു ഈ മഹല്ലി ഓരോ അതാദിന്റെ മഹല്ലത്തിൽ നിന്നും തെഹക്കാം നിൽക്കുന്ന തെഹക്കാമിനി തെക്കുമതിലി ബാത്തിൽ നിൽക്കുന്ന കാലം കൊണ്ടതും ജീവിതം മറിയായി ബാബിനും ഓരോ ബാബിനും അഹ് അഹ്ബാനിലേക്ക് നോക്കിയിട്ടാണ് തീരുമാനം ബാഹിറായ പ്രവർത്തനം എല്ലാ ചെസ്റ്റ അത് ചെയ്ത അപ്പൊ നിസ്കാരത്തിനെപ്പറ്റി അവർ ചർച്ച ചെയ്യുമ്പോൾ അവർ ചർച്ചയിൽ ഉണ്ടാകരുത് ദുഃഖന്റെ സൂചിപ്പം അത് സ്വത്തുനക്ക് പറഞ്ഞില്ലേ അവിടെന്താക്കി ബസ്വ ചുന്നത്താണെ ഞമ്മക്ക് പറയുക കഴിയുമെന്നതിന്റെ അർത്ഥം ഉരുവുക്ക് വരാൻ മുതിക്കൂടാ നന്നേ ഉണ്ടാക്കും ജനങ്ങളെ ഒച്ചയും പിടിയാക്കൂ എല്ലാവരെയൊക്കെ പുഷുവ് നമ്മക്ക് ഉരുവാക്കിയാ നമുക്കൊന്നും അവരാകില്ല എന്ന ചിന്ത തന്നില്ലേ ഇപ്പുറത്തുമ്പോൾ ഓ റിസൺ പറയും കൊണ്ടാ വൈജി ഗുരു കൊശോ കൊശോ ഗുരുക്കാതെ അർച്ച എങ്ങനെയാ കുനിയേണ്ടത് എങ്ങനെയാ അനാക്കണ്ടെന്നൊന്നും ഓരോ അർച്ചയിലില്ല അപ്പൊ നിക്കാരില്ലാണ്ട് കൊശുവൻ പറ്റൂല ഇവിടെ കൊശു വേണമെങ്കിൽ നിക്കാരൻ പോകണം അപ്പൊ സിറ്റുകളൊന്നുമില്ല കൊത്തൊമ്മൻ പറഞ്ഞെല്ലാം ഹൈസി ചെറുതാ വിമാ ചെറുതല്ല എടുത്തുകൊണ്ടാണ് ചെതുക്കുത്ത പശു ഹിയിലു ആണ് ചെടുക്കുത്ത പച്ചുണ്ടാക്കാനാവുന്നത് അപ്പൊ നിക്കാരില്ലാത്ത കൂപ്പിയില്ല നിക്കാരില്ലാത്ത കൂപ്പിന്റെ വലിയ അപ്പൊ ആ ചെറിയ തള്ളിപ്പതിന് കൂപ്പി അവിടെ വന്ന കുപ്പിനെ തന്നെ ഒട്ടും ചിന്തിക്കാനൊന്നുമില്ല അത് കാണാൻ വേറെ അവർ തെളിവിന് കൊടുക്കാൻ നിൽക്കണ്ട ഉടനെ തെളിവിന് കുപ്പിർ വൈല്ല അവരെ അഹ് മറ്റൊരു അഫാനിലാണ് ചർച്ച പല തനാസിയെ അക്വാദിയും കൗരിന്റെ എന്തെങ്കിലും തനാഫിണ്ടാവൂല എങ്ങനെയാണ് കാരണം അത് നിങ്ങൾ പത്തീത്താവുന്നോദിച്ച് ഫോട്ടോ ഞമ്മൾ മടുപ്പിച്ചു തരാ പറ അപ്പൊ നിങ്ങൾ എന്താക്കി സ്വിച്ച് ബോക്സ് വെക്കി വയർ നടത്ത് അല്ലെങ്കിൽ കണക്ഷൻ എല്ലാം കൊടുത്ത് മീറ്ററും ഞമ്മൾ കൊണ്ടുതരാം ഓരോ മീറ്ററും കറണ്ടും കൊണ്ട് വരുന്നൊക്കെ ഇവിടെ വയറ് നടത്തിയിട്ടില്ലെങ്കിൽ ലൈൻ മടങ്ങി പോകില്ല ഇപ്പൊ ാവുക എന്നുള്ളത് തനാഫി ഇല്ലാണ്ട് എന്നുള്ളത് വീറല്ലാത്ത മദബിന്റെ ഇതിലാണ് ഹിസ്ഫാക്കാണുള്ളു എന്താണോ ഹിത്തി കാരണം എന്താണെന്ന് പറഞ്ഞോ അന്നൽ ഹക്കൊന്നേ ഉള്ളു ഒത്തരീക്കോ നന്നതിലേക്ക് ഒത്തേനുള്ള മാർഗം ഒന്നേ ഉള്ളു മത്തിലൊക്കെ ഉണ്ടാകാം തരീക്കൊന്നും മത്തലക്കിലുണ്ട് തരീക്കൊന്നുമൊക്കെ തരമാർഗം കൊത്തരീക്കാം കരമാർഗ്ഗം ഒന്നിക്കുണ്ടാക്കേക്കൂടി പോയിട്ട് നമ്മൾ നിങ്ങൾക്ക് തോന്നുന്നു നിർമ്മച്ചാടൊക്കെ നമ്മൾ എത്തിക്കൊള്ളി ഇതേക്കൂടി വെരിച്ചെടുക്കും കരമാർഗം എന്നതിന് തെരീക്കുണ്ടാകും നിങ്ങടെ കരമാർഗത്തിൽ ചെറുപ്പം ഇതിലേക്കൂടി പോയിട്ട് പിന്നെ അവിടെ നിർമ്മച്ചാട പോയി നിൽക്കുമ്പോൾ രണ്ടാമതായി മറ്റടക്കു വ്യത്യാസം തെരീക്കുണ്ടാകും കരമാർഗം എന്ന തെരീച്ചിൽ ഒന്നാം കരമാർഗത്തിലെ രണ്ട് സ്വരൂക്കാണിത് لا فَنِّحَايَتُهُ وَاحِدٌ اتَّبَعَتْ لَهُمْ وَلَكُم وَاحِدًا لَّنَجِدَ نُكُونَ ثَنَّى وَقِيلَ مَانَا ذَالِكَ قَالَ قَائِلُهُمْ وَذِكَائِدُ بَرْنِي أَطْرُقُ بِشَطَّا وَطُرُقُ الْحَقِّ مُفْرَدَةٌ أَلَ هِيَ لِلْطُرُقِ الْحَقِّ نَا الَّذِي لَمْ يَتَّقِينَ جِيلًا أَطْرُقُ شَطَّا وَطُرُقُ الْحَقِّ مُفْرَدَةٌ وَالسَّالِكُونَ فِيهِ كُلُّ الْحَقِّ أَفْرَادٌ തരിക്കൊരുപോലെ കണക്കിന്റെ ആടുണ്ട് സത്യം ചിന്തിച്ച തരി കിടക്കുന്നു തൂർക്കൽ ഹക്കോ അതും അത് ഒറ്റക്കോ തരി ഹക്കി അതുകൊണ്ട് ഹക്കിന്റെ തെരീക്കിൽ പ്രവേശിച്ച ആളുകൾ അപ്രാധികൾ അവർ പിടിക്കൽ ഓരോ അപ്രാധികൾ ഒറ്റപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ വിരലിൽ ഉണ്ടാകുന്ന ആളുകൾ ഇംഗളവാസിൽ എന്താ പറയുക അങ്ങനെ പെരിമിതമായ ആഗ്രഹിക്കാൻ പാടില്ല പറയുന്നുണ്ടെന്ന് അങ്ങനെ പെരുമിതമായ لا يعرفون ولا تثلكما ما قاطدهم فهم لا مهليم يمسون قصاد لا يعرفون افرoquي لأرف JulAA واباب ما ش liter في termine دماغو والد سLo ف workout كنا هذه لايقال ولا تثلكما قاطده أفراد المكتور اللائع وب śmee نارة نارỉ നിങ്ങൾ ഇപ്പോഴും അവിടെ ഇന്ന് ഞമ്മൾ കഴിയൂല്ല അമിത പോകുന്നുണ്ട് അസോബിന് ഇതാ വാ പറയും അതൊന്നും തിരില്ല ഓറെ മക്സൂദിലേക്ക് സുലൂക്കില്ല കുറവാണ് ആരും കേറാത്ത വീതി അവർ അര അവർ നല്ല സാവധാനത്തിൽ നടക്കുന്നുണ്ട് പ്രസ്വാദം ഇപ്പം അതേ അതിൽ സ്പീഡുമില്ല അധികം മുടക്കിരിക്കലുള്ള മുക്തീ നിങ്ങൾ ആ ഓറുള്ളത് എന്നാലും ഒത്തു വന്നി റഫു ജനങ്ങൾ മുഴുവനും ഒന്ന് ഹസലത്തിലായ അവർ കൊണ്ട് എന്താ ഉദ്ദേശിക്കപ്പെട്ടതെന്ന് ആ ലക്ഷ്യത്തിന് ഇങ്ങോട്ട് റഫലത്തിലാണ് ഹക്ക് ഹയ്യാദുഹും ഈ ജനങ്ങളിൽപ്പെട്ട ബഹുഭൂരിപക്ഷ ആളുകളും ജാലവും അല്ലുല്ലുഹും ആളുകളെ രചിപ്പിക്കുന്ന ആളുകളാണ് അന്തരീക്കിലാക്കി ഹക്കിന്റെ തരീക്കിന് ആളുണ്ടാക്കുന്ന ഞങ്ങൾ അങ്ങോട്ട് പോരാക്കു വയസ്സായിട്ടില്ല നിങ്ങൾക്ക് അതിന്റെ സമയത്തില്ല നിങ്ങൾക്കൊന്നും കൂടിയാലാവൂല നിങ്ങ ഇന്ന് ഇവരുടെ ചരിക്കുള്ള ഹാക്കിനെ തൊട്ടെന്താ വേറെല്ലാം മേദിച്ചിട്ട് വേറെ വച്ചിട്ട് തിരിച്ചിട്ടുണ്ട് അതാ ജനങ്ങളെ ഹാരി ജാലുല്ലുഹും തെറ്റിച്ചണിയുന്നത് ആ ചരിക്കില്ല തൊട്ടിട്ട് ഇപ്പം വേണ്ടിട്ട് വാറ്റയ്ക്കെന്നാലും വരണ്ട് മാറ്റമല്ല മൂവായിട്ട് നൂറ്റിയാകും കഴിഞ്ഞു പോലും പിന്നെ നോക്കുമ്പോ കള്ളം വന്നു എനിക്ക് പായസായിട്ടില്ല അത്രമൊന്നും പോയിട്ടില്ല ഒരു നാൽപ്പത് വയസ്സെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അരിച്ചിൽ ഹൈ ചെയ്യാതെ പോയില്ലേ അതൊരു പായസ കൊടുക്കണ്ട പോണ്ടപ്പോ എന്തായാലും സ്വയം അതല്ല സ്വപ്ന പോണന്ന് ആരാ പറയുന്നത് കൊല്ലവും ജനങ്ങളെ കൂട്ടത്തിപ്പട്ട അധികളും പറയുന്നു ആ ചെറുപ്പത്തിൽ ജനിച്ചവാളനാകാന്ന് ഉപ്പ പറഞ്ഞാലും മറ്റുള്ളവട്ടുണ്ടേം കുള എനി ചോദ്യോ ഇഷ്ടനാ നല്ല എന്നാണല്ലോ അന്ന് ഇത്താഗ്രി ഏ ഇഷ്ടം അന്നില്ല മുരക്കം മറാടി പറഞ്ഞു ഇഷ്ടപ്പെ സുവർണ്ണകാലഘട്ടം എന്നല്ലേ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ സുവർണകാലഘട്ടം എല്ലാം പറയുന്നു എന്താ ശരിയാണ് പൊന്നുണ്ടാകുന്ന സുവർണന്ന് നല്ല പൊന്ന് പൊന്നോണ്ടെന്നാണ് ൂട്ടിയതും മദ്രസ പൂട്ടിയതും ജനങ്ങൾ അടി തുറങ്ങിയതും കൊറേ മെച്ചു കിട്ടാൻ ചുവർണ്ണ കാലഘട്ടം ഇല്ലേ ഇഫ്തലാഫ് നല്ലതെന്നാ പറയുന്നു ഫക്കത വാർത്തകൾ ഇഫ്തലാഫ് മധുഹൻ തമ്മിൽ ഓറ്റാന്നും വന്നിട്ടുണ്ട് ഈ അഖ്തലാഫ് നല്ലന്നും വന്നത് ഇങ്ങനെന്താ പറയുന്നത് സ്ഥലം വച്ചാ അതിനോടുത്തോർത്തീതാണ്ട് അതാ പോയി വക്കാലഭാബു ഇനിയോ എത്തിനാത്ത ഒരു അമ്മാണെന്നല്ലേ വക്കാലഭാബു മാതാമതി സോഫിയത് വിഹാരി മാതനാപറ സോഫിയാക്കൾ എല്ലാവരും ആടാ മാതാമതി മാറ്റം താർത്തം കൊടുക്കുക മാതാമത്തി സോഫിയത് വിഹായി മാതനാഭവറവും ഈ ആ അതിന്റെ മാതം കൊടുക്കുക എന്താ കൊടുക്കുക ശരിക്കട്ടെ സൂഫിയാക്കൈറുകൊണ്ട് നീളന്ന ആളാകൂന്ന് വെക്കെന്തോ അത്തം പയ്യോ കണ്ടുപിടിക്കാം മാ തനാഫോ ഓരോ തുടങ്ങുന്ന കാലത്തോളം തനാഫുറന്നു തനാഫുറാവുന്ന കാലത്തോളം എന്ന് പറഞ്ഞു അപ്പൊ ഇഫ്തലാഫോന്നല്ലാന്നല്ലേ ഒന്നത് അതിന് പോയിത്തു അതിന് മറുപടി അപ്പൊ രണ്ടെണ്ണത്തിന് മറുത് കൊടുക്കണം അമ്മ മധുലാ ഇഫ്തലാഫ് മധുഹാണല്ല ആദ്യത്തെ അതിന് വേണ്ടത് understand clearly what happened— to keep their exten confinement tied up in last one second here so that they were rising before the Am kingdom or the only thing they could be because of this iron world ملا فإنس فين الذين هالي فإن في These تفسيرهم reimather Faculty فإنس فصل وكف الجواب إذ كل من تمسك بمضعبي فهو ناجم إذ مضعبو تمتمسك أيو أولا شبطو ما لن يتبعي بحسار رخصة بمتات غانتورة إلا مضعبين رخصين ارتبع شرع الله وليولة تكريف الله وليولة وكذلك اختلاف الدبالات تلقرات للإختلاف الدبالات وانتظرنا فهي توصيتنا للأيال القارئي بخلاف الإختلاف في الأصول وصول للإختلاف الرجيري وصول الإختلاف مملا فهو مغموم اذن كستلاف القدريه والجبريه قضيه الجبريه قفوله ابتداء حسبيه غير ذلك من الاختلاف في التوحيد من اختلافه ابو صوفيتنا مذهبنا مذهب الصوفيه هو الاتفاق وصول للفوريه الاتفاق هو النار وعندنا الاتفاق ரெண்டும் معناتا عندها وصولنا او عمل الرسول فنيات ما سوده والايانا انا ി പഹും മൊത്തത്തിൽ അതിലെല്ലാം എത്തിപ്പാക്കാണ് സുഹോദി ഞാൻ വേണ്ട എന്ന് പറയുന്നൊരച്ച ഒരീ ലോകത്തിന്റെ എന്തുകൊണ്ട് ഞാൻ നമ്മളും ഇഫ്ലാഫ് ഉണ്ടാകാൻ പറ്റിയ ദൗഫിയാവും ഇനി ഫൊറുപ്പണമെന്നല്ലേ ഫോഹും അഹവത്ത് ഉണ്ട് കുടിക്കണം ആഹത്തുണ്ട് കുടിക്കുമ്പോ എല്ലാം അടവ് കൂട്ടിപ്പിടിക്കുകയും ചെയ്യും ഇപ്പൊ തടതടവൻ എന്നതേ ബോണ്ടു ഇഷ്ട ഒന്നും ശരിയാ കാര്യം എങ്ങനെ തടകണം മറ്റൊക്കെ പറയുന്ന ജമീൻ തടകണം വേറെ സുഹൃത്ത് വേണം ചിലർ ബാധിക്കണം ദേശം തടണം നിങ്ങൾ ആരും അടിപൊളിണ്ടാ അണ്ടെന്ന് പിടിച്ചപ്പൊണ്ടായി എല്ലാരും ഓരോരുമിച്ച് കൂട്ടിയില്ലേ അതാണ് തോപ്പിയത്തിന് പ്രത്യേകം മതമ്പില്ലാതെ മതം കൊണ്ട് മുട്ടക്കിതെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അത് കേട്ടപ്പം ചില പച്ചക്കോ ഓർക്ക് മതഹമ്പില്ലാത്തതാകുന്നു മതമില്ലാത്ത ആളുകൾ ആരാണ് അഹനുസന്ധത്തിന് പുറത്തുപോയാളാണ് അത് എത്തിച്ച സോഫിയത്ത് അഹനുസൃതത്തിനെതിരാകുന്നു അത് പുറത്താക്കി ഓർഡർ പറഞ്ഞത് അത്രയും ഇതാണ് ഒരു പ്രത്യേക മതമുണ്ട് മുത്തങ്ങല്ല പുന്നേ നടന്നുള്ള കയ്യിലടക്കിട്ട് നെടീസ് എന്നുള്ള അങ്ങനെ ചെയ്ത് തേജ് തടയിരിക്ക തേജ് നിങ്ങൾ മൂന്നാളുകൾക്കലട വരച്ച് കഴുകണോ പറഞ്ഞോ ഇഫ്തലാഫുണ്ട് പുറത്തുപോയി ബസീലിന്റെ മാഹി തന്നെ ഉണ്ട് വരക്കൽ അന് അനുളിപ്പെട്ട മുതമ്മനാണെന്നാണ് അഴിമതി മാമിന്റെ പോക്ക് അതുകൊണ്ട് ബസ്സൂർ സുഹൂത്താകാനം എങ്കിലും ഓണം നൽകു പോണോന്നാണ് വേണ്ട സേലാനന്മാരുണ്ട് അയമതി മറ്റൂർ രണ്ടും അടുക്കട്ടെ ഞാനും അരച്ചട്ടിക്കടം വരെ ചെറുകയാണ് നിങ്ങൾ രണ്ടാം റദ്ദിക്കാ രണ്ടാം തും പോയിട്ട് അരിക്കും എന്റെ കാർദ്ദിക്കാൻ കഴിഞ്ഞു അപ്പൊ ഒരു മുതൽ ബുണ്ടും മുത്തക്കൽ ഇതെല്ലാം എല്ലാം മുതൽ ബുണ്ടാലും അപ്പൊ അനുഭവത്തുണ്ട് പിടിക്കരുത് ഇതാ നോക്ക വൺ അക്കാദിമി മിൻഹും അതിൽപ്പെട്ട അക്കാദിനീങ്ങൾ യഹ്റൂരി തക്കലി തക്കലീന പുറത്തുപോയ ആളുകളുണ്ട് വെയിനോക്കാൻ പറ്റിയ ആളുണ്ടല്ലോ അവർക്ക് അഗ്ലീന്നും വേണ്ട മസ്തക്കൂടെ കിതാബ് ഈ വസ്തു നക്സി ഹി അവ നക്സിലെന്താക്കും കിതാബ് വസ്തുണ്ട് നേരെ പിടിച്ച ആളുകളുണ്ട് അക്കാദിനീങ്ങൾ അത് നമ്മുക്ക് മിക്കല്ലേ അമ്മമാർത്തി എത്താത്തോണ്ടാ തക്കലീന ഒന്നു പറയും എന്നാ ജുല്ലുഹ് വൈകാന ജുല്ലു എന്ന ബഹുഭൂരിപക്ഷം ആളുകളും കല്ലറോസിൽ ഫുറു ആയി ഫുറോയ് മുക്കല്ലികളായിരുന്നു റബിയുള്ള അങ്ങോളം അലാ അബി സദഹബായിരുന്നു ലിബിനി റബിയുള്ള മാലിക്കിയായിരുന്നു ഇപ്പോൾ ജീനാനി റബിയുള്ള ഹംബലിയായിരുന്നു ഇവിടെ പറഞ്ഞുള്ളൂ ഷാഫിയും കൂടി ആയിരുന്നോന്നും കൂട്ടണം അഷാഫിൻ ഹംബലിയെന്നല്ലേ പറഞ്ഞു അബുൽ ഹസൻ സാഹചര്യം അന്ന് മാളിക്കുകയായിരുന്നു വേണ്ട അഭി മറുപടി ആ മതയിലും എന്തെല്ലാം ഒരു മതത്തിൽ കൂരാ ഇവിടെ നഫ്സിൻ്റെ ഏറ്റവും ദുഷ്കരമായതും ഏറ്റവും അഹപത്തുള്ളത് ഏതാണോ എല്ലാം കൂടെ കൂട്ടിപ്പിടിക്കുന്നത് ഏത് മതപ്പെടുത്താലാണോ നഫ്സിന്റെ കൂടുതൽ ത്യാഗം ഉണ്ടാകൽ ഏറ്റവും കൂടുതൽ അഹമ്മത്തേതാണോ അതിനെ തൊട്ട് മാറും ഓരോ വിഷയത്തിലോട്ടല്ലോ അപ്പോ കത്തില്ല ഒന്ന് ഒന്നു മണിക്കൂര് അങ്ങനെ മാറിക്കൊണ്ടു പോകും അല്ല ഇപ്പൊ രാവിലെ ഒരു മത ഒരു മത വൈകൂടെ പറ്റൂരാണീന്ന് മുല്ലാ മാർക്കോട്ട് ചെല്ലു ഞാൻ പറയുന്നുണ്ട് തസഹിക്ക് വേണ്ടി എന്നാ മാറുന്നു ചാഫി അച്ഹിയാണ് വേറെ അഹപത്തുണ്ടോന്ന് ന്യായീകരണം ഒന്നുമല്ല എന്താ കുടുങ്ങിട്ടുമല്ല ഒരു പൂതി എന്താന്ന് ഇന്ന് ഞാൻ ദൂഹത്തേക്ക് ഇരിക്കുന്നത് അനസ്യത്തിൽ കൂടി ആവണോന്നൊരു പൂതിക്ക് ഇരിക്കും എന്തിനാണ് അങ്ങനാക്കിയത് അവന്റെ പൂതിന്റെ പൂതി എങ്ങനെയാണ് സൂത്തിയത്ത് വന്നങ്ങനല്ല കൂടുതൽ വെള്ളം അഹബത്വം എതിരാണോ കിട്ടുന്നത് സൂക്ഷ്മത അതിനെ പങ്കെടുത്താലും എല്ലാത്തിനും ഇനി എന്ത് വേണം ഇത്തിലാപ്പ് ജ്യോതിച്ച് നിൽക്കൽ ദമ്പല്ലേ അങ്ങനെ ഗവർണ അതിന് മറുപടി വരണ്ടേ എന്താ ഒരു മങ്കാല മാതാമത്തി സൂഫിയൻ മസ്തപ്പൂന്ന് സൂഫിയാക്കൈറമ്മലേ പറഞ്ഞത്യ്യൊക്കെ തമ്പിർപ്പിക്കണ്ട സദസ്സിൽ ഇരുന്ന് ഒഴുകൂട്ടർ ഇങ്ങനെ ഉറങ്ങുന്നു ഇങ്ങനെ ഉറങ്ങുമ്പോ അപ്പോ ഇക്കെന്നാനും ന്യായം വന്നിന് ഇഷ്ടില്ലേ ഓരോപ്പുറിച്ച് ഉണർത്തേണ്ടിയിരുന്നു ഇത് ഖൈറാന്ന പറഞ്ഞാ ഇല്ലാണ്ട് മറ്റു മണിക്ക് ഇതുക്കിന്റെ കൂലി ഒക്ക ഓന നീക്കോട്ട് ഇപ്പ നമ്മൊന്നും പറയണ്ടാന്ന് വെച്ചാൽ മാതാമാകും പറയുന്നുണ്ടാ അങ്ങനെ നോക്കാം അല്ലെങ്കിൽ മാക്കോട് അസം ദുഃഖാവുന്നില്ല പക്ഷെ ഡാമയിൽ അങ്ങനെ മാവടത്തിന്റെ സാലേക്കെന്ന് പറയുമ്പോൾ ഡാമ ഇതന്നെയല്ലേ ഏഹ് സാലക്ക് ഞെക്കി അസം അല്ലേ മാവട്ടിട്ടാക്കുന്നു ഡാമയിൽ അങ്ങനെ ഇണ്ടാ ല്ലേ മാലാഹയല്ലേ പ്രകാശിക്കുന്ന കാലത്തോളം മാറിയും അസ്തരിയാക്കാലോ മൗഹിൽ കമരി കാമറ പ്രകാശിക്കുന്ന കാലത്തോളം അല്ലേ ഞാനാ ഞാൻ പറയില്ല കാരണം എനിക്കും പറയേണ്ടത് എന്റെ പെയിലല്ലത് ഞാൻ ഈ നെഹ്മോദു അപ്പോ തമ്പിഹിർഷാദിന്റെ ഇഫ്തലാഫാണ് ഉദ്ദേശിക്കുന്നപ്പോ ഹൈദൂടെ നിലന്നവരാകും പറയും ഹൈക്കോട്ടേരിക്കും എപ്പോഴും ഇഷ്തലാഫായത് ആ ഇഫ്തലാഫ് ഏതാ ഉദ്ദേശിക്കുന്നത് തമ്പി ഹിർഷാദിന്റെ ഇസ്തലാഫ് എന്തുകൊക്കു വാഹി ഉർഷിദ് കൂട്ടുകാരൻ എക്സോ കാണുമ്പോ അങ്ങനാക്കല്ല ഇങ്ങനെക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി എപ്പോഴും തെറ്റിതിട്ട പരിപാടി ഇത് വേറെ രംഗത്താണെങ്കിലെപ്പോഴും അടിപൊളിയിരിക്കുമല്ലോ ആ ഇത് സൂക്ഷ്യത്തിന് കൂടിയേ കഴിവ് വന്നിട്ട് വേണം പരസ്പരം എല്ലാവരും എല്ലാവരും നന്നാകാര്യം എല്ലാവരും ഒന്നാക്കി അട അങ്ങനെ അതല്ല ഇങ്ങനെ അതല്ല ഇങ്ങനെ ഇങ്ങനെ തെറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പുറതോഷിക്കണിന്റെ പരിപാടി അല്ലെങ്കിലോ പൈരത്തക്കൂ വസക്കത്തോ അലാ യോഗിയും വേറെ ആക്കി കണ്ട അതിലിന്റെ മൊള്ളോന്നാക്കി മുണ്ടാണ്ട് നിശ്ചിപ്പാക്കായ പല ഹൈറഫും പിന്നെ പൈലുണ്ടാവും നടക്കുന്ന സമയമുണ്ടല്ലോ അതിനുമേക്ക് ചുമത്താം യുമിന്റെ വിഷയത്തിൽ മുതാക്കുമ്പോ ഒരു കാര്യം പറഞ്ഞു അത് അങ്ങനല്ല ഇങ്ങനെയല്ല വേറൊരു അതിനെ റദ്ദ് അതിനെ മറ്റൊരു കൊണ്ടു പോകും മറ്റു ബോർഡ് ഹീക്കാക്കും അങ്ങനെയുണ്ട് പ്രേമിച്ചോർന്ന് ഇവന്ത അടി തുടങ്ങും പോകുന്നു ആ ഉരുമൻ മുതാക്കറിൽ പറഞ്ഞാൽ അൽസിനും ഓറ നാവിന് വലിയ മൂർച്ഛം ഒരാൾ പറഞ്ഞതിന് വിട്ടുകൊടുക്കൂല അത് താറ്റി കയറ്റി ഒരു സ്ഥാനത്ത് എത്തിക്കുന്നത് ഒരു അങ്ങോട്ടും കൂട്ടും കൂടിയായിരിക്കും അപ്പൊ അതേ സ്ഥലത്തിൽ കുളവ് കുറവ് സാധ്യത കളിമ നല്ല സാധ്യമാണെന്ന് ഉദ്ദേശം എല്ലാവരും കാണാം അസത്തിൽ അങ്ങനെ വന്നില്ല ഇങ്ങനെ വന്നില്ല ഒരു ഹാലൻ മുതാക്കറത്തെ അന്നേ മുതാക്കറിന്റെ ഹാലം അങ്ങനെ ആണെന്ന് പറയുന്നത് പറഞ്ഞ തൊണ്ടക്കെട്ടാണ്ട് മുടുങ്ങിച്ച് നോക്കാം എല്ലാ കലങ്ങളും തസ്ലീമി ശരിയാവൂല അത് കുറച്ച് മുനാക്കണം ഇതിൽ ആ ചക്തി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കണം ബഹസീയണം തപ്തീഷാക്കണം ഒരാൾ പറഞ്ഞു ഒരാൾ ഗണ്ഡിച്ചെല്ലാം കൂടി സഹീക്കണം എന്നാലേ മുതാക്കർ ശരിയാവും അതും ഇവിടെ ഒക്കുന്നില്ലല്ലോ قال بعضهم نحن في هذا امره كانوا نظرنا باதரাল പറഞ്ഞയ മാറ്റി വെക്കണ്ട അപ്പുറം പറഞ്ഞ എന്താണ് ഓർസ്നേഹിക്കിലും ഉറങ്ങ മുട്ടു മുട്ടി ഇരിക്കുഎന്നാണ് പറഞ്ഞു അവക്കുന്നില്ല قال بعضهم نحن في هذه المذاكره بحال نعمل مذاكرهണ്ട الحالهది అవస్థయనే మంకాళ హక్కమీ నిదరీన్ హ్ ബัลలక لا بها منقال صدين نفسج لك லபத்தி ஜலீன் ஒன்னே அர்த்தம் என்னன்னு அது விளக்கிட்டேன் அத இன்னும் நோக்கம் சம்பந்தமே இல்ல ஹக்கதா ஸமீது ஹாமீ சைஹி சைசன மூலா ந ரபி ரபில்லாஹ் ந வக்கனா இனி அத வந்து டிட்டேன்னு বলிரு. ஈ கோபியத்து இஸ்ரா பாமு நன்னதான்னு ஒன்னே அர்த்தம் அதானே ஷேஹன் சொன்னாரு. வல்லாஹு அஸா வக்கால தக்கூலி என்னோடு ஷேஹன் பாறின ലാ സുസന്നൽ മുത മുറിന്റെ ഹാലത്ത് ഞാൻ സമ്മതിക്കേണ്ട കേട്ടോക്കൊന്നും വേണ്ട ചോദിക്കോ നിങ്ങൾ എതിർത്തോ എന്ന് എന്നോട് പറയും കാട്ടി നിന്നാല് കാട്ടിൽ നിന്നാല് ഇവിടെ എങ്ങനെയാ പറയാൻ പേടിച്ചു പേടിക്കുടനായിട്ട് നിന്നാലൊന്നും നമ്മുടെ തരീക്കർ ഒന്നും പിട്ടം കിട്ടൂലേന്ന് മൂപ്പർ പറയാറുണ്ട് വാടക കാര്യം പുറത്തിറക്കണം എന്നിട്ട് പറയാതെ നമുക്ക് അടി തക്കം വന്നാ കാലം ചെയ്യാം എന്നിട്ട് നടക്കട്ട് ഇവിടുത്തെ ആ രണ്ടുപേരും ഇങ്ങോട്ട് വന്നല്ല കിട്ടിയ സമയം അവർക്ക് ഇറങ്ങില്ല കിട്ടിയ സമയം കിട്ടണോ വാൽ നമ്പർ താണി അല്ലാതീ തക്കമൊക്കെ പറപ്പില്ലാതെ വന്നിട്ടുണ്ട് കറാൻ പത്ത് കാണുന്നല്ലേ وهي قرقلعه الذي نهربت على ايديهم ا را علامون اولခင်얄 ප්‍රගඩමায় হর্কুল আগত উতমাল কারামাত ইন এ বেরണ്ട് ওয়াক তকদমা 63তম পেজিন মুম্বু পান പറന്നിটুন্দে তানবিহু কারামাত 2 গড়া তে ইনদ হিসতি ইনদ মালাবি ইনদ এনউরন্দি അദിന്റെ മുഅ്തമറായതാണ് മാനവിയ സിയല്ല വഹിയ മിസ്തിഖാമതൂ വഅമൽ കരാമതൽ ഹിയതൊ സിയാ കരാമത ദീരേഗരി കണിക്കൂലെ എന്ന അവിടുത്തെ ചോദ്യം ഫയ സഹിബതൻ ലിസ്തിഖാമതുണ്ടോ എന്ന വഹിയ കരാമത ഷാഹിദതുന അല സിദിഖി സഹിബഹാ മ അല്ലാ അദിന്റെ സഹിബ് അല്ലാനോടോപ്പ നല്ല സിദിഖിണ്ട് എന്നുള്ള സാക്ഷ്യം എടുക്കും വയല്ലം തുസ്ഹത സഹിബഹാ ഇസ്തിഖാമതില്ല വഹിയ സിദ്റ അൽ മഖറൂന എന്ന മറുപടി കൊടുക്കും റാമത്തിന് അങ്ങനെ വീടിയെടുക്കാൻ പറ്റുള്ളൂ ഇസ്തിക്കാമത്തുണ്ടോ ഇല്ലെന്ന് നോക്കി തീരുമാനം എന്നാൽ കൊറേ കറാമത്തായിട്ടും അത്ഭുതം നടത്തുന്നില്ല പറക്കുന്നൊരാള് നെസിയാ കറാമത്ത വലിയ തീരുമാനിക്കണം ഇസ്തിക്കാമത്തുണ്ടോ ഇല്ലയോ അതിനുശേഷം തീരുമാനിക്കാം ഈ ഹർക്കുല്ലാദത്തുണ്ടല്ലോ അതെ മുബത്തദിഞ്ഞിൻ്റെ കരമാതൈറ്റി വരാന്നോറി മുബത്തദിൻ ഇൻഷാ അല്ലാഹ് അവൽ مغروق في الدنيا واسر عليها അവളുടെ ഹദാ വ الدنياവണ്ടെ شغله കേതോളെ മുങ്ങിയ ആൾക്കാദോറി മുബത്തദിനെ വേടിയും വറ തസറത സദാതഹു വസിയമത്ര ഹദിയാചേടി ഹ വകാല സീബ് അബൂൽ ഹസൻ റളിയല്ലാഹു വറന്ന ഇന്നമാহুമാ കരമാതാലി കരമാത് രണ്ട് രണ്ടെണ്ണേ ഉള്ളൂ മൂന്നാമത്തേ ഇല്ല رامي اطال محيط طالي الذين اقول لكم التي मैले ചെയ്ത 2 2 کرامত ಒಂದ ಕರಾಮತುಲ್ ಈಮಾನ್ ಬಿ ಮದೀದิล ಯಖಾಲ್ ವಶಹುದಿನ ನಿಯಾ ಅದ ಇಲ್ಮಿನ ದಾವತಲ್ ಕುಲಿ ಅಕೀದಿನ ದಾವತಲ್ ಕುಲಿ ಈಮಾನ್ ಅಮಾಲು ತಾಲೀಫು ಎನ್ನ ಬರ್ನೆ ಅತಾ ಮದೀದิล ಯಖಾಲ್ ಶಹುದಿನ ನಿಯಾ ನೋಡುಗೊಳ್ಳ ಕರಾಮತುಲ್ ಈಮಾನ ಆದಿ ವರಾಮತೆ ವ ಕರಾಮತುಲ್ ಅಮಲ್ ಅಲ ಸುನ್ನತಿ ಬಿಲ್ ಮುತಾಬತಿ ಸುನ್ನತಿಲ್ ಮುತಾಬತಿ ನೇ ಮಿನ ಅಮಲಿನ ವರಾಮತಾ ಮಟ್ಟುಂದು എവിടെയും ഇസ്റ്റ് എവിടെയും ദാതകളില്ല മുഹാദാക്ക് ഒരു അമൽ കാണിക്കോ പാട്ടിനോ മുഖാദാക്കൊന്നുമില്ലാ ദഹനാസോടുകൂടിയുള്ള അമൽ ഇത് രണ്ടേ കഥാമത്തായിട്ട് പറയാൻ പറ്റും പമൻസിയ ഹുമാ ഇത് രണ്ടെണ്ണം നൽകപ്പെട്ട് എന്നിട്ടോ തുമ്മാല ഫില്ലാ കാര്യം വേറെന്തല്ലോ പോണോപ്പ കൊച്ചു ഞങ്ങളെ പൊട്ടിച്ച കൊച്ചോ പോണോപ്പാല ജനങ്ങൾ വരുവോ എന്നാലിപ്പോ ഇത്ര നല്ല വില പിടിച്ച് രണ്ടെണ്ണം തന്നിട്ട് പോരാന്ന് പറഞ്ഞാല് ആ ദൂഹത്തല്ലെങ്കിൽ എൽമിൽ ഹത്തീ അമലിനും സവാദോട അമലിൽ തെറ്റുപെറ്റിയിരിക്കുന്നു നോക്കണം അത് ഉദാഹരണം തമ്മൻ മലിക്കാൻ നല്ല ബുദ്ധത്തോട് വിരുഷത്തോടുകൂടി രാജാവിന്റെ സദസ്സിൽ ഇങ്ങനെ പെരുമാറാൻ താത്തുള്ള പണി ുമ്മരഫ് ഞാൻ ചെയ്യാൻ സോളം പറയുന്ന കന്നുകാലിനെ നയിക്കാൻ വേണ്ടി ഒരു ഡ്യൂട്ടി തരണോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കൊട്ടാരത്തിൽ പോയി ആ മൈതാനി പുറത്തുപോടാ ഒരു വടിയെടുത്തോ കൊറച്ച് പൂണ്ണാത്ത കൈ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അയച്ചു വായിക്കും ഒരു കരം ഉണ്ടുകൊടുത്തോ കലാ മറന്നെ രോഗികളെ പരിപാലിക്കാൻ ഇത്തരത്തിൽ ആവശ്യം വന്നോക്കാൻ കരാമത്ത് തീർന്നു ഇനി അവനാക്കൾ കറാമത്ത് ഉണ്ടായിരുന്നുവോ എന്നാണ് അത് കറാ മാർത്തലോ അത്മലകത്ത് മബലകത്തു അവാർത്തല്ല ഹതിലേക്ക് എത്തിയിട്ടുണ്ട് പല ആഹട്ടാതില്ലാതെ അതിന്റെ ശരീരം എന്ന് പറഞ്ഞിട്ട് സഭ കുറവാൻ വാദിക്കുന്ന ആൾക്കൊന്നും വളണ്ട ആവശ്യപ്പെട്ടിപ്പോ തൽക്കാലം ഇല്ലാന്നു ആ കാലം അമൃതാപ്യാണ് വേറെ ജവാദി പ്രശുദ്ധമാണ് കാണിക്കണം വിശാല ബാക്കിയും ബാക്കി ഒന്നുമില്ല ശമരമിട്ടലും ഇല്ല ഈശ്വരമരാക്കലുമില്ല സിലബസ് മാറ്റലും ഇല്ല ഒന്നുമില്ല അടിയിലുമില്ല ജവാരി പ്രത്യക്ഷമായ അംഗങ്ങളെ ശുദ്ധിയാത്ത ദുരൂപിനെ തൊട്ട് കള്ളുകളെല്ലാം അയവിനെ തൊട്ടും ഹാനിയാക്കലും അതാണ് അവര് പ്രകടമാവുന്നത് മറ്റൊരു ഫലം എന്ന് വെച്ചാൽ ഇത് ശരിയാണെന്നുള്ള എന്ന് പറഞ്ഞ തെളിവാണ് ആറ് കാര്യം ഒരു മുമ്പിന് പ്രകടമാകുന്ന തമറത്താന്ന് പറഞ്ഞിരുന്നു ഇനി ശ്രദ്ധിക്കുന്നുണ്ടാ കൂയൂരൂപ കതുറപ്പതു അവർ വലിച്ചിറങ്ങിട്ടുണ്ട് അൽ ആ താ ആബുകളെ കൃത്യങ്ങളെ യും അപ്പൊ ആതാമേതായി ലാഹനിലേക്ക് നോക്കിയിട്ടായി റൊയോബ് ബാത്തി നോക്കിയിട്ടുമായി അത് തന്നെയാണ് അബുദാനനെ ശുദ്ധമാക്കി എന്നിന്റെ അർത്ഥത്തിൽ ശുദ്ധമാക്കി അയബുകളെ തൊട്ട് അപ്പൊ ഈ ഒന്നാമത്തെ കഷ്ടത്തിന് അതേ ഇപ്പം തന്നെ അതേ അപ്പം തന്നെയാണ് ഇസ്മിന്റെ ജന്മാണ ലാത്താമ് ആതാമുകളെയും അയബുകളെയും വലിച്ചെടുക്കുന്നു എന്ന് ൊട്ട് ശുദ്ധമാക്കി കുലൂബുകളെ അരിയുടെ തൊട്ട് ശുദ്ധമാക്കി എന്ന് പറഞ്ഞു കൊടുത്തു ലാ സൂഫിയോ അത് എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് ഏത് സൂഫി യഥാർത്ഥത്തിനുള്ള സൂഫിനെ പറ്റിയത് കുറച്ചിട്ട് പറയുന്നു ഇന്ന് സൂഫിന്ന് തൊട്ടാണെങ്കിലും ഓഫീസ് വന്നിരിക്കുന്ന ആളെ പറ്റിയല്ലേ പറയുന്നു പച്ച പെയിന്റ് നല്ല കുമ്പാക്കിട്ടാ ഇങ്ങനെ ഇത് കൊടിയും മുഴയല്ല നിക്കുന്ന അതിനെപ്പറ്റിയല്ല ആടെ പോയി നോക്കുമ്പോ ഇതൊന്നും ഒത്തു കാണൂല എല്ലാ ഇപ്പൊ ദോഷങ്ങൾ ഒഴിവാക്കി ഒരവില്ല എന്നല്ല വന്നോ അനുഭവം പറ്റിയില്ലല്ലേ അച്ഛ ശരിയായ ആളാരാണ് ഇപ്പ ചർച്ച ചെയ്തത് ഐ നബദൂഹ വറവാഹിം അവർ ലഹരിന്റെ പിന്നാലെ അല്ലെങ്കിൽ തിരിഞ്ഞോട്ടം പോലുമില്ല ും എന്നാ പ്രൊയൂപ തെളിവിളെ തൊട്ട് കൽപ്പി ശുദ്ധമാക്കി അതെന്താ സമഹീരിഹിമ്മൂപം അപ്പൊ എല്ലാ ദോഷങ്ങളും അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ആസൂമികളെ പോലെ ജീവിക്കാൻ കഴിയുന്നു അതിന് പറഞ്ഞാൽ എല്ലാ ദോഷങ്ങൾക്കുള്ള ഒരു മുരടുണ്ടാവും ആ മുരട് ആദ്യം വൃശ്യം കഴിഞ്ഞാൽ കൊമ്പടക്കം പോയല്ല ഇങ്ങനെ പറന്ന് പറഞ്ഞിരിക്കുന്ന വലിയ കൊമ്പുഞ്ചുണ്ടാകുമ്പോൾ പറഞ്ഞില്ലേ സംഗതി ലയിച്ചും പോയില്ലേ എളുപ്പമുണ്ട് സംഗതി അതാണോ തത്ത്ഹീ റിഹിമ്മിന് എല്ലാ ദിവസങ്ങളെ തൊട്ടും എല്ലാ ആയ്മകളെ തൊട്ടും ശുദ്ധമാക്കല് കാരണം എന്താ എങ്ങനെ സാധിച്ചു തത്ഹീ റുഹം അവർ ശുദ്ധിയാ പോരാണ് മിൻ അസലിഹാദിന്റെ അസലിനെ തൊട്ട് ഈ ദുരൂപിന്റെയും വയൂബിന്റെയും ഒട്ടാൽ അസലുണ്ടാവും അയ്യ അസലങ്ങ് പറച്ചു കഴിഞ്ഞാൽ കൊമ്പടക്കം എല്ലാം പോയി ൂടി കമ്പ്ലിറ്റ് അങ്ങോട്ട് പോകും രണ്ടൊരുമിച്ച് കൂടി ജാഹിരീകളുമായി അങ്ങനത്തെ ഒരു കൂട്ടുകൂടെ ഉണ്ടാകുന്ന അതെന്ന് നീ ചോറക്കുണ്ടാകാതെ എല്ലാം മടക്കും അത് അതെന്ന് വേണമെന്ന് വെച്ചാൽ തൊണ്ണൂറ് ദിവസം ദോഷം കൂടെ യുവാക്കും രണ്ട് ചിപ്പ ഒന്ന് കഫലത്ത് മറ്റൊന്ന് ജനല് അപ്പൊ ആനിമികളെയും നല്ല എക്വാനായ ആനിമികളെ പോകുന്നതിന് കുഴപ്പമില്ല മറുപടി വലിയ ദോഷമൊന്നും വരില്ല ചിലപ്പോ ഇൻമുണ്ട് എന്ന് പറയാ കഫലത്താണ് എന്തായാലും കൂടിക്കൂടാ ചിലപ്പോ നല്ല ബോധയിലുണ്ട് പക്ഷേ ജാഹര എന്നാലും ദോഷം തന്നെ ആ ഫിനങ്ങളും ജാഹനീയങ്ങളുമായ ആളുകളെ കൂടെ കൂടലാന്ന് ദോഷങ്ങളെല്ലാം മനസ്സി ആ അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചാൽ എല്ലാ അരിശ്രാമത്തായി അതാ പമൻഹാലോട് അതാണ് അബാമുദ്ദേശിക്കുന്നില്ല അവരൊക്കെ കൂടിയാലെ എന്നിട്ട് അന്ന അവൻ വിചാരിക്കുന്ന അന്നമോ എം എല്ലാ അതാമിനത്തോട്ട് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചെങ്കിൽ തത്തത് റാം അൽ മൊഹാൽ മൊഹാലായ സംഗതിയാണ് അവൻ കുതിക്കുന്നത് എന്താണ് ഏ തേനിൽ മുങ്ങിയും പോണോ ഈചപ്പറ്റാൻ പാടുമില്ലാന്ന് പറഞ്ഞ മാതിരി നോക്കുന്നു മുങ്ങ ിറ്റോരാറ്റടുക്കുമോ അതാ കമൻ ഹലത്തൽ ഹത്തോം ഒരാൾ തീയിൻ രക്കം തായി വറകിന് കൂട്ടി അലത്തി വെച്ച് എന്നിട്ടോ ഇത് കത്തിപ്പല്ലേ എന്ന് പറയും ചെയ്യാം ഓ എഞ്ചോ ഈ വറഗ് കെരിയലിനെ തൊട്ട് രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്നതിന് അന്തർ അപ്പോ അസല ഒഴിവാക്കി എന്നാ പറഞ്ഞേ അതിന് റസ്വിവാക്കിന്നു പറഞ്ഞിട്ടുണ്ടപ്പോ അത് കാരണം അല്ലേ ല്ലേ ആ തനെയും ഒഴിവാക്കി അതിന്റെ മെനബ് ഒഴിവാക്കി പ്രതിസന്ധ അതാ റുഹ്മാ റയൂബിന്റെയും ദുരൂപകളുടെയും പ്രതിസന്ധാണെന്ന് പറയുക അത് മട്ടാതി ഒഴിവാക്കി എന്നിട്ടത് അത് ഹൃദയത്തിന്റെ ഉള്ളിലാണല്ലാത്തില്ലത് ഹെഹ്ബുദ്ഞ്ഞു വേണ്ടാന്ന് വെച്ചു അപ്പൊ രണ്ട് തുറപ്പം കൊണ്ട് ദോഷങ്ങൾ തമ്മളിച്ച് അങ്ങോട്ട് പോയല്ല അപ്പൊ അപ്പൊ പുലൂബിനെ ഒഴിവാക്കാനാണ് ഏതാണ്ടിയത് റസ് ഒഴിവാക്കിയത് ഹദ്ബുദ് ഞാനോട് ഒഴിവാക്കി അതോടുകൂടി പോണ്ടെല്ലാം കൂടെ പുറത്തുപോയി കൂട്ടത്തോടെ അപ്പൊ കല്ലിനെ തൊട്ട് സലാമത്തായി ജനങ്ങളെ കൂടെ കൂറണ്ടാന്നുകൊണ്ട് വെച്ചപ്പോ ആ താങ്ങിനെ തൊട്ട് ഒഴിവായി നാവും കാത്തും എല്ലാം സലാമത്തായി ദുഞ്ഞാവിനോടുള്ള ഹമ്പാണ് എല്ലാ ഹതിയത്തിന്റെയും رواغ الميحق في الشعبي من مراطين الحسن حسن رضي الله عنه مرسل آياء حديثة مرسلون محمدان سنة دينة عادية باقرة ليلة عبسانة باقرة ليلة سنة دينة عبسانة باقرة <متصفيق> ليلة مرسلاء كالنور ميلة وقيلة اذن مالك بن دينة عردان قولانا در قولون اذن حب الدنيا روس كل خطيحان ورنة حديث الله മാലിക് ബുദ്ദീനാറുണ്ട് വക്കീല മീൻ സലാമിൻ സൈദന ഐസാലി സ്ലാമിന്റെ കോലാമുണ്ട് അദീർമിയെന്നറേണ്ട കോലാദുണ്ട് വാഗ്ദഹവും ബാധുഹും ചിലർ മൗതുആാത്തിൽ എണ്ണീട്ടുണ്ട് ഇത് മൂന്നാതെ ഹദീദിന്റെ ഭാഗത്തിൽ കൂടി മൗതുആ ആണ് മാനയിലൊന്നുമില്ല മാനകളി വന്നു പക്ഷെ ഇങ്ങനെ ലെഫുദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ടോന്ന് ഹജ് മൗതുആാത്താണെന്ന് പറഞ്ഞതിനെ റദ്ദും ചെയ്തിട്ടുണ്ട് ഇബിനഹൃതങ്ങള് എന്തോ ആവട്ടെ വാലാക്കുല്ലി ഹാലിൽ ആരകോലെന്ന് വെച്ചാൽ നിർക്കണ്ട മൗതുവാറ്റാന്ന് വെച്ചാൽ നിർക്കടില്ല കലാമും സനീഹും ആശയത്തിലേക്ക് നോക്കിയ സനീഹായ കലാമു തന്നെ മുജറബുൻ അത് അനുഭവത്തിൽ തന്നെയാണ് ഈ മഹബത്ത കുഞ്ഞ വന്നു കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളുടെ പിന്നാലെ വരുമെന്നത് മുജർറബാൻ മധുക്കുൻ അത് നമുക്ക് ആസ്വദിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അനുഭവത്തിൽ അതുകൊണ്ട് അതിന്റെ നേതൃത്വം കിട്ടണം റബീസ് അവരുണ്ടല്ലോ അതിനെ തൊട്ടും അതിന്റെ ഹൊബിനെ തൊട്ടും മൊതലിനോടുള്ള ഹൊബിനത്തൊട്ടും എല്ലാം എന്തായി കൽമേ സഹീറാക്കി തന്നെ റബീസിനെ കളഞ്ഞു നൽകി പിന്നെ മാറ്റത്തിൽ അനുയാസി ജനങ്ങളെ തൊട്ട് എത്തിസാരുമായി എന്ന് പറഞ്ഞത് ഹിത്തത്തിന് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ താസം തന്നെ എന്ന് പറഞ്ഞത് എന്നാൽ വാനുവാ ആളി മുസഅ അൽ മുത്തഖൻ ബീ മൻ അജ്ൂബ് അൽ ലാഇബുറ തട്ടോം കൽബ സറാമതാവലാന ഗാലിബില ഉള്ള 100% ആവുന്നങ്ങ പറയുടാ കാരണം നേരത്തെ കേറി വസ്വാസ് ഉണ്ടാവും മനസ്സ് കേറി കൂടെ വർത്ത പോയില്ലല്ല അതാണ് ആക്കിടാ അനിക്കൊണ്ടി ഇങ്ങന ഭിത്രട്ട് ഒളിക്കുവല്ല അതാ അതയത ലംബത്തലേക്ക് നോക്കീറ്റി വതഹാറ ഫ ജവാദിഹി മിന തുനോബുഹു മിന തോട്ട ജവാദി സുദ്ധമാവറാന ഗാലിബില പധി ഉള്ളത് അവനപിനെസര മുറട്ടമായി ൾക്കുണ്ടാകുന്ന എല്ലാ ശാഖയെ വന്നത് ഇല്ല അതിൽ നിന്നല്ലാതെ വന്നിട്ടില്ല കാരണം ഇത് അനീഹു അതിന്റെ മെല്ലാണ് മുഖനുണ്ടാകണെ സുഷൻ ഉണ്ടാകി ജുബിൻ ഉണ്ടാകണെ ബഹീരത്തരം ദുനാവുണ്ടോട്ടല്ലേ ബഹീല തരം വരുന്ന സുഷൻ പറഞ്ഞാൽ അതിനക്കാണ് ബഹീൽ തന്നെ വേറാക്ക് യുഗൻ കൊടുക്കൂല സുഷൻ അതിനോക്കാണ് കടുപ്പാണ് വേറാണ് വേറാ കൊടുക്കുന്നത് ഇവിടെ ഇവനി കണ്ടുകൂടാൻ പിറ്റാൻ പാടിക്കൊടുക്കുന്നു അതാ സുഷ് ജുബിന് എന്ന് പറഞ്ഞാൽ മരിക്കാൻ പേടി ജുനാവ് എന്ന് അനുകൂലം നഷ്ടപ്പെട്ടു പോകുന്നില്ല പേടിയൊക്കെ ഉണ്ട് കാനം ആ പേടിയാണ് ഇതെല്ലാം എടുന്ന് വരും ദുഞ്ഞാവിനെ വെടി ആളാക്കി വെച്ചാൽ ഉണ്ടാവും അതായത് ഇങ്ങനെ ലൊഴിവ് അപ്പൊ കഥാലിക്ക ദുരൂപ് അതുപോലെ മറ്റുള്ള ദോഷങ്ങളെടുത്ത് കതിവി കളവ് അറിയലി അഴിമാനൽ ഫാജിത കണ്ണ സത്യം ചെയ്യലി സൂൽ കൊലക്ക് മുതലായവ എല്ലാം എന്തെന്ന് അസീത ഇത് അലിഹ ജൽ ഹാസു ഒരു വാർത്ത വിട്ടിട്ടുണ്ടേ വൽ ഗുഹുമു വൽ പുതൂറു പിന്നെ വബിഹാൽ ആദ്യം കിട്ടുക അപ്പൊ അട്ടത് ബുഹലായ്മ അസൂയുണ്ടാകുന്ന എന്തുകൊണ്ടാണ് ദുഞ്ഞാവിന്റെ കാര്യം വേറാക്കി കിട്ടുമ്പോ ഇവനിക്ക് അനുഭവം താല്പര്യം പ്രകടിപ്പിക്കുന്നൊണ്ടാണല്ലോ അതുപോലെ പരസ്പരമുള്ള വൈരാഗ്യം കഥ മുതലായവെല്ലാം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഹഗോണ്ടാവും ഫുൾക്കല്ലംബാഹുൽ ഇമാമ ഷാഖിറിയാന്റെ പാട്ട് ഹൈസ് ഇലയ്യ അത് ഗുഹാ തങ്ങളെ വേണമെന്നു പറയുമ്പോ പറഞ്ഞു പക്ഷെ അത്ത പൊക്കില്ല അതല്ല അവിടെ കെട്ടിയിട്ട് പൊക്കൊന്നും മാത്രമേ സമയം ഇങ്ങനെ ഒരു പാട്ട് പിന്നെ ഒരു നല്ല തുന്ന നല്ലാമുന്ന ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ചാക്കിന്റെ ഇങ്ങനെ കലക്കരാന്നില്ല പക്ഷെ കുട്ടി ചെലച്ചിട്ട് ചാക്ക് തുറക്കുക അതിനൊരു അടിവർത്ത കൊടുക്കണോ ആഴത്തുന്ന കാലം ആയത് അടുക്കാല ദിവസങ്ങളായി ഇപ്പുറം മുഹമ്മദ് ഖാൻ അഹമ്മദ് പിന്നെ ചില പാർട്ടിക്ക് പ്രത്യേകം പാട്ടുണ്ട് ഓരോ പാർട്ടിക്കാർക്ക് ഓരോ പാട്ട് പ്രത്യേകിച്ചുണ്ടല്ലോ ജാറബി ബിൻ മുസ്തഫിന് പാട്ടിന് വലിയ പാർട്ടിയാണ് തിരികും വേറെ പിന്നെ ചിലതൊക്കെ വന്നാൽ ചിലത് മറ്റേ സമ്മതാന ശല്യം പറഞ്ഞ നടു വേറെ ഒരു ഹാളെല്ലാം വലുതാക്കി ഇതിൽ ഒരു പ്രശ്നമില്ലല്ലുണ്ട് ഇനി കഴിയാണ്ടൊരു ബോക്കിൽ പ്രസ്താവിക്കുന്നുല്ലോ അന്നേരം ഇന്നാളിജി അത് ഗുഹ വലയ്യ അത് ഗുഹാവു പദം ആവ ഇല്ലോ كما لاقيت كلب الليل فناتي ثوابها وما هي الا ذئبه مستهينة كعليها كلاب همهمت نذتي ثوابها فان تجت نباح استذل ملي اغنيها وان تجت نباحها شدها تاكلابها ുഹാ നല്ല പാട്ടാണ് ഒരാള് ദുഞ്ഞാവിന് രുചി നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലവണ്ണം തിന്നാളാന്നാ പറയുന്നത് ചില നീ രുചി നോക്കി അല്പമേ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലോണം ആസ്വദിച്ചാളാന്നാ പറയുന്നു എനിക്ക എന്നുവെച്ചാൽ ദുഞ്ചാബനെ പറ്റി നീ കുറച്ചേ പഠിച്ചിട്ടുണ്ട് ഞാൻ നല്ലവണ്ണം ആഴത്തി പഠിച്ചാളാന്നറിയു ആ വസീ ക എന്തിലേക്ക് വലിക്കപ്പെട്ടിട്ടുണ്ട് അത് ബുഹ അതിനുള്ള സുഖങ്ങളും അതാബുഹ ദുഃഖങ്ങളും ഞാൻ ആസ്വദിച്ചതാണ് ദുഞ്ഞാബനെ പറ്റി ഞാൻ ആഴത്തി പഠിച്ചിട്ടുണ്ട് നീ ചിലപ്പോ ദേഷയെ പഠിച്ചിട്ടുണ്ടാവും ഋഷി നോക്കിട്ടുണ്ടാവു ഞാൻ നല്ലവണ്ണം തിന്നാടാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നല്ലോണം അറിഞ്ഞിട്ടുണ്ട് അല്ല അത് എന്ന് പറഞ്ഞാൽ നല്ലത് ആദാബ് അത് ഏതാപ് നല്ല മുജാനല്ലേ പാട്ടൊപ്പിക്കുന്നെരന്റെ എല്ലാ സെപ്പറത്തുണ്ടല്ലോ എന്നിട്ട് പലം അറഹ ഞാനതിനെ കാണുന്നില്ല ഇല്ല ഒറൂറായിട്ടും ഭാഗത്തിലായിട്ടില്ല ഒരു വഞ്ചന ചരക്ക് ഒരു ബെറും ബാത്തിൽ നമ്പാൻ പറ്റാത്ത ബാത്തിൽ ഒറൂറായിട്ടില്ലാതെ വെറും ഞാൻ കാണുന്നില്ല അത് ഉദാഹരണം കമാലഹാത്തിൽ ഫലാത്തി ഒരു വിശാലമായ മഴഭൂമിന്റെ മുകളിൽ ഇങ്ങനെ കാണാ സറാബുഹ ഒരു മഴ പിന്നലോചിച്ചില്ല അതൊരു വെള്ളം പറഞ്ഞാണ് കാണുന്നത് കാറിൽ പോകുമ്പോണ്ടറിൽ പോകുമ്പോ ആടെന്നൊരു വെള്ളം പറഞ്ഞിട്ടാണെന്നും നമുക്ക് വെള്ളമില്ല ഞാൻ പറഞ്ഞാൽ അതാണ് സറാബിന്റെ ഹസമുഹൂർ ആനുമാ ആന്ന് പറഞ്ഞത് ഇങ്ങനെ വെള്ളം പറക്കും പോലെ അതുപോലെ അല്ലാതെ ആടെ ചെന്ന് നോക്കിയൊന്നും കാണൂല സറാബ് മരീചിക്കാന്നല്ലേ ഇനി മറ്റൊന്ന് വമാഹിയ അതൊന്നാവല്ല ഇല്ലാ ജീപത്തു ശവമല്ലാത്ത പോകുന്നെല്ലാം എങ്ങത്തച്ഛാ ചത്താൻ തെർക്കല്ല മുസ്തഹിലെ ചീഞ്ഞു പോയി ചത്താക്കി ചീഞ്ഞു പോയി മുസ്തഹിലായിബിൻ അതിന്റെ മേലെ കൊറേ നായ്ക്കളുണ്ട് ഹമ്മുഖിന്റെ എല്ലാ ആവശ്യം എന്താണ് കീറി പലിക്കലാണ് കൊറേ നായി ഉണ്ടാവണം കീറി പലിക്കാം അപ്പം എല്ലാത്തി കളഞ്ഞിരുന്നത് അതിന്റെ ആഴ്ചകാരെല്ലാം ഇത് ഏ മനുഷ്യ നീ അതിനെ വീട്ടിട്ട് ദൂരെ പോവുകയാണെങ്കിൽ ഇഷ്ട നീ ജീവിക്കും സിൽമല്ലി ഹരിഹ അതിന്റെ ദുഞ്ചാമിന്റെ ഹലികാർക്ക് നല്ല സന്തോഷമായിരിക്കും മുതലാർക്ക് പിടിച്ച് വരിക്കാനും നമ്മളെ തുഞ്ഞാമെ പിടിച്ചു വലിക്കാനും മുതലാർക്ക് ഇനി വരുന്നില്ല നമ്മളെ ഒരു ഇഷ്ടമായിരിക്കും ഓടക്കൂട്ടം ഞമ്മ കൈ കടത്തിയാർക്ക് അസൂയം വരും നമ്മളെ ഒരു രീതി വരുന്നു എന്ന് പറഞ്ഞിട്ട് നീ വിട്ടു വരികയാണെങ്കിൽ അതിന്റെ ഹരികാർക്ക് നല്ല നല്ല സമാധാന വൈൻ തജിത്തൻ ഇബുഹാ നീയത് പിടിച്ചുവലിക്കാൻ കൂടി ഉറക്കാം എന്നാൽ ആ ഹത്തേക്ക് ആ കിലാബ് ആ കിരാബ് എന്താക്കു നിന്നെ പിടിച്ച് വണ്ടു ഏതാ കിരാബ് ദുനാവിന്റെ അലുകാർ ആ കിരാബ് വന്നിട്ട് നിന്നെ വന്നോന്നു ഓ കടിക്കാനും പിടിക്കാനും വച്ചിട്ടില്ല കൂടി അതുകൊണ്ട് നഫ്സിൻ ഒരു നഫ്സിൻ ഞാൻ ഇതാ മംഗളം ആശംസിക്കുന്നു എന്ന നഫ്സിൻ അറിയോ ആ ഉത്താനത്ത് കായിന്റെ ഉള്ളിനെ അതിന് സ്ഥാനം കണ്ടെത്തി ഒരു വത്തനാക്കി അവസ്ഥ ഒത്തനക്ക് തീരുമാനിച്ചു വീട്ടിന്റെ ഉള്ളിന്റെ റൂമിൽ എന്നിട്ട് മുഖലക്കത്തെല്ലാം വാതിലവിടെ അടക്കുകയും ചെയ്യും ഭാഗത്തു നോക്കി വാതിൽ അടച്ച് ഭാഗത്തൊക്കെ തോന്നിട്ട് വീട്ടിന്റെ ഉള്ളിൽ ആരാണ് അടഞ്ഞുകൂടിയത് നിതിരിൽ നിന്നും ചെയ്യണ്ട എന്നങ്ങനെ ഉള്ള ആൾക്ക് നല്ല സന്തോഷം തന്നെയാണ് അതേ തരത്തില് ഇവിടെ ബിസിനസ്സും പരിപാടി ആലോചിക്കുമ്പോഴേക്ക് മറ്റോർക്ക് അസുഖം പോകേം പോകാതെ ആ മൂലാർക്ക് നിങ്ങൾ പണിയോ നിങ്ങൾ രണ്ടാമത്തെ കഷ്ണതാ അത് അബുലഹോ മുമ്പ് പറഞ്ഞാൽ അതിന്റേതെ ഒപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്ത് പറഞ്ഞു ആസാമിനെ ഒഴിവാക്കി അതായത് عيوب الاولي واقي قلوب لديم शुद्धमाकी नवन मानत हरु लबदान मिन अललामी वदु नोबा मिन अललामी वदु नोबी व तहरल कुलूब मिन अलमसाबी मन عيوب वन वनाताई फलमहा हतन नहुम हादा अततहीर अलमदीद ई महत्ताय ततहीर अमर किटिए पोल ला हलब कमरु तौहीद तौहीदा गना चंद्रनिदावतिन प्रवाशिकयाण ും അപ്പോൾ എല്ലാ കാര്യവും മൗലരാജ അള്ളാഹുവിനക്കുള്ള എല്ലാം നല്ല വിചാരിച്ചടിക്കാനൊക്കെ തീരുമാനത്തിലേക്ക് എത്തി നമ്മളീ ഡ്രൈവിംഗ്ലും മറിക്കുന്നു ലോകത്തിന്റെ ഒരു ഗതിയും മറ്റു തരൂല്ല യാത്രക്കാര് ബസ് സ്പീഡ് ഓടുമ്പോ യാത്രക്കാരെല്ലാം കൂടെ സ്പീഡ് ഇരിക്കും പിടിച്ച് മരിച്ചുകൊണ്ട് വണ്ടി സ്പീഡ് ഓടുന്നുണ്ടൂടുന്നുണ്ടല്ല ഡ്രൈവർ തിരിച്ചവരെയും കൂടുന്നു അതാണ് കമളത്തോറി വറജു അവരിദ മടങ്ങിയാണു ഇലാമ ഖതവല്ലাগും അവർക്കേ നേതൃത്വം കൊടുക്കുന്ന റബ്ബാണ് ആ റബ്ബിനെക്കൊള്ള മടങ്ങി അമൽൻ ബിഖൗലിഹി വമൻ യസലിമു വതനഹു ഇല്ലാഹി വഹു മുഹിസനൻ തഖദിസ്തംസക ബിൽ റുമത്തിൽ മുഖാ വഇല്ലാഹി ആഖിബത്തുൽ നൂർ എന്ന ആയത്ത് പറഞ്ഞതിന് അനുസരിച്ചാ പ്ര अमल ചെയ്യും അമൽൻ അബറമല ചെയ്താവരാം എത്തരത്തിൽ വഹു മൊഹിസൻ ഇവൻ എഹസാൻ ചെയ്യുന്നവനായിട്ട് കപ്പിക്കപ്പെട്ട എഹസാൻ എന്താന്ന് അന്താമല്ലാഹ്നക്കത്തറാകുന്ന റബിനെ കാണുമ്പോഴെ മായം ചേർക്കാത്ത വിവാദം എന്നല്ലേ ആ മഹിസനായി നമ്മൾ ചെയ്യണ്ട ഡ്യൂട്ടി ശരിക്കും ചെയ്യുന്നുണ്ട് ബാക്കിയല്ല അള്ളാവിന്റെ വിട്ടുകൊടുത്തു ഏറ്റവും ഉറപ്പുള്ള കയറാണ് അവ പിടിച്ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങളുടെയും അള്ളാഹുനെ കൊള്ളിയാണല്ലോ എന്ന പറഞ്ഞ അനുസരിച്ച് അവർ അമൽ ചെയ്തു എത്താൻ നമ്മിൽ അവർ ശരിക്കും നിൽക്കുന്നുണ്ട് ഇസ്ലാം തസ്ലിം فلم تحققوا بنا ذلك ادവർ ജീവിതത്തിൽ അങ്ങത ഹഖീഖാക്കിയപ്പോൾ ദർ പറചില മാത്രമല്ല അದು അനുഭവത്തിൽ അങ്ങത ഹഖീഖാക്കിയപ്പോൾ വഖഫൂ ഫീ റിയാബിൽ ഹിസാൻ ഹിസാൻ ആകുന്നോട്ടത്തിൽ അവർ ഇന്നിത്തിയ വഹശറക്കത അലൈഹിം സംഉസൽ ലിറുഫാൻ മഅരിഫത്തിൻ്റെ ഷംസുകൾ അവർ ഇദാ പ്രകാശിക്കുകയാണ് വനാതിലഹും അൻവാറുൽ മുബാദഹതി വിയാൻ മുബാദഹതി യാന്നുന്നെ ഏതാ മുബാദേഹത്ത് അബ്ദിന്റെ വക്കെന്ന് അങ്ങോട്ടുള്ളത് തവജു എന്നാ വേദി അള്ളാഹ് അങ്ങ് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് കൊടുക്കലുണ്ടല്ലോ അത് എന്താ പറയാ അതിന് മുബാജത്ത് എന്നാ പറയാ അപ്പൊ റബ്ബിന്റെ വക്കെന്ന് അബ്ദിനെ കൊള്ളയുള്ള ആ ഏ ഇപ്പോ ലൈലേനങ്ങോട്ട് വിളിച്ചാൽ നമ്മെന്താ അങ്ങോട്ട് തവജ് അപ്പൊ ഓ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ എന്തായാലും അതിന് മുബാദേഹത്താ തവച്ചു മുബാജത്ത് അപ്പോൾ അവിടേ നമ്മളെ വെക്കുന്നുണ്ടാകുന്ന പഠിക്കുന്നവരെ തവജു വരുമ്പോൾ അങ്ങനെ അങ്ങോട്ടൊന്നുണ്ടാവും ഇങ്ങോട്ടേക്ക് ഉപാഗത്തുണ്ടാവും അപ്പൊ ഇതാണ് മൂന്ന് മൻസിലകൾ അല്ലത്തിൽ മുരീദ്ന്മാർ അതിലാണെന്ന് ഇറങ്ങേണ്ടത് മുരീദ്ന്ന് വെച്ച അള്ളാഹുവിന്റെ ാണല്ലോ വേര് നിങ്ങളുടെ നടക്കുന്നില്ല അപ്പൊ അല്ലാതെ വലിയ പറയേണ്ടിന്റെ ശേഷം എന്തിനാ പറയുന്നു അതിപ്പോ യാത്ര പോകുമ്പോ തൽക്കാലം പമ്പാടെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് വെച്ചാൽ അപ്പൊ അവിടെ യാത്ര ലക്ഷ്യത്തിന് നീക്കിന് അർത്ഥം കിട്ടില്ലല്ല അതിലോടെയുമ്പോ പഴങ്ങാടിന്ന് ഇതിലേക്കുടി മുന്നുമ്പോ മാപ്പനശ്ശേരി വഴിക്കൂടി അയാളെന്താ നേരെ നേരെ പുലിയ പുലിയൊക്കെ കൂടുന്നോടുന്നു ഞാൻ പറഞ്ഞ എല്ലാ പമ്പ ഇങ്ങോട്ടല്ലേ അത് എണ്ണടിക്കാനാന്നു അപ്പൊ എണ്ണ അടിക്കാൻ പോക്ക് പമ്പിനെ തെരഞ്ഞു പോക്കെന്തല്ല അച്ഛൻ മക്സൂദ് തലപ്പറമ്പിലേക്ക് പോകുന്നതിനെതിരല്ല തലപ്പറമ്പിലെത്താത്ത എണ്ണ ഉണ്ടാവൂല ആ അപ്പോടെ പോയിരുന്നു അപ്പൊ സ്റ്റേഷൻ പോയിക്കുന്നത് എണ്ണടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ മുരിതാന്ന് പറഞ്ഞോണ്ട് എന്തല്ല അച്ഛൻ മക്സൂദിനെതിരല്ല പക്ഷെ അവിടെ കൂടിയാ പറ്റൂല പമ്പയെ പമ്പി തന്നെ പട്ടി ഒപ്പൊക്കിച്ച് ആടെ കൂടിയാ പിന്നെ വാട കയറുന്ന ബുദ്ധിമുട്ടു വന്നു മൈതാനി കഴിഞ്ഞു വിട്ടില്ലല്ലോ ഞാൻ യാത്ര തുറന്നു ഇന്ന് കഷ്ടത്തിലായി പോകും എന്നെ അടിക്കണം വിടണം ചില ഹോട്ടലിലാടാന്ന് ചോദിച്ചില്ല അങ്ങോട്ട് പോകുന്നു കൂടെ എന്റെ ആദ്യമാന്ന് സ്റ്റേഷനിലെ തന്നെ കൂടാൻ പണിയില്ല നല്ല പോകാനാന്ന് സ്റ്റേഷനെ ഒന്നിർത്താൻ പോല